ച്യം മമ കിഞ്ചിദസ്തിയ തവേഷ്ട്രമണേ മന്മഹേ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദിവോ ഗുരുസാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിന് വ്യോമവ്യാപ്തേ ദക്ഷിണമൂർത്തം നി കരചരണം നാമഗോത്രം നൂത്രം നോ ജാതിർന്ന വർണ്ണവതി പുരുഷോ നസം നീ ജനിമരണസ് പുണ്യ തോ തഹജ സമരസം സദ്ഗുരു തന്നി സദാശിവസമാരംഭാര്യമധ്യമാസ്മദാര്യപര്യ വേ ഗുരുപരം പരാനവ്യാഖ്യകട്രഹ്മത്തം യുവാന വർഷിഷ്ടേവ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷാരേന്ദ്രം കരകളിതചിന്മുദ്രമാനന്ദമൂർത്തി സ്വാത്മാരാമനം ദക്ഷിണമൂർത്തിമീടേ വേദന്വിഭാസാദാത്തതിനഗേന്ദ്രസംഗീന്ദ്രവ്യ മോഹധ്വാദിവാകരാഗവത് ബിഭ്രദേ തസ്മൈ ഭാഷ്യമോസ്തു സതതം പൂർണ്ണ ബോധാത്മനേ അപാരസിത്സുഖ വരിരാശേ യോർമിമാത്രം ഭുവനം സമസ്ത ഗുഹാഹിതം തം രമണ ഗഭീരം ചിന്വിഹീനം ഹൃതി ചിന്തയാ ദേഹം മൃണ്മയവജ്ജടാത്മകഹം ബുദ്ധിർന്നു നാഹം താത്മസദ്ഭാവത്തോഹം ഭാവയു കൂതോ വരധയാ ദൃഷ്ട്ത്മനിഷാത്മന സോഹം സ്ഫൂർത്തിതയാ അരുണാചലശിവർണോ വിഭാതി സ്വയം കരുണപൂർണസുധാബ്ധേ കപളിതഘനവിശ്വ चित्तकंज त्वय सर्वं प्रलीनमे किरणावल्या अरुणाचलपरमाणिजसुविकायरुणाचल भूत स्थितल्छि हृदयत्मतया नृत्यशो वदी हृदय ना अहमतियातीन्व्यायामलधिया അവഗമ്യ സ്വം ൂപ്പം ശാമ്യരുണാചലത്യന ദൈവാബ്ധൗ തഷയ ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസന്തസ്വാൻ ധ്യശ്യോ ദീതി അരുണാചലത്യ മഹീയം തേ पश्यन सर्वं पश्यवाक सतत भजते अन्य प्रीतिया सजय्तरुणाचल सुखे मग्न हृदयगुहर मध्ये कवल ब्रह्म्यहवहति साक्षा आत्मेण भाति हृद विश मनसा स्व चिंवता मज्जता पवनचलन रोधात्मन ശോണ പ്രഭം സോമകലാവത സമ്പാണു സ്ഫുരത് പഞ്ചശരേക്ഷുചാ പ്രണപ്രിം നൌമു പിന്നാകാണേ കോണത്രയസ്ഥം കുലദൈവ നമുയാമി നഥലേഖാലൃതകുന്ത ഭ സനിർവാണസുധാനദീ ചൂടോത്തും സന്ദ്രചാഴുഗലി ചിഖാഭാസ്വരൂ ലീലദഗ്ധവിലോലകഫുരൻ അന്തസ്ഫൂർജതപാരമോഹതിര പ്രാഗ്ഭാരുച്ചാടയൻ ചേട്ട സദ്ഗിന വിജയത്തെ ജാനപ്രദീപോഹര ശാരദാരോജവദുജസ്മാക്കധി സധി കിയാത് യോന്ത് പ്രവിശ്യ മമ വചുപ്ത സഞ്ജീവയ ഖില ശക്തിധരസ്വതാ അനാശഹസ്തരണവണത്ീൻ പ്രാണോ ഭഗവത്തെ പുരുഷാഭ്യം ഹരി ഓർ പ്രതിബോധിത നാരായണേന സ്വയം ഗ്രഥിത പുരാണമുനി മധ്യേ മഹാഭാരത അദ്വൈതമൃതവർഷിണ ഭഗവത അധ്യാ അമ്പ ത് അനുസാ ഭഗവത്ഗീതേഷ വ്യാസവിശാലുദ്ധി ഫുല്ലപ്പത്രേ എന റായ ഭാരതൈലപൂർണ പ്രജ്വാലിതോ ജാനമയ പ്രദീപ പ്രപന്നിജാതോത്രേത്രൈകാണേ ജാനമുദ്രാ കൃഷ്ണ ഗീതമൃതദുഹേ നമോപനിഷദോ ഗാമോ ദോപനന്ദന പാർ വത്സുധീർഭോക്ത ദുഗം ഗീതമൃതം മഹത് വസുദേവസുത ദും കംസചാനൂരമർദനം ദകീ പരമാനന്ദം കൃഷ്ണ വന്ദേ ജഗദ്ഗുരു മൂക്കം കരതി വാചാല പങ്കും ലംഘയത്തെ ഗിരികൃതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രദ്രമരുദ സ്തുംവന്തിവ്യൈസ്തവേസ്സാഗപദ്രമോപനിഷദൈ ഗായ ധ്യാസ്ഗതേ നനസ പശ്യം യോഗിനോ യം നദുസുരാഗണാ തസ്മൈ നമ പാർസാരഥി ശ്രാവയ ശുഭിരും പാർത്ഥസാർത്തിഹരോദൂർത്തിനം ശരീരം കൗന്യ ക്ഷേത്രമിത്യവിധീയത്തെ ഏതോ വേത്തി താഹു ക്ഷേത്രജ്ഞ ക്ഷേത്രജ്ഞം ചാവിക്ഷേത്രേഷത് ക്ഷേത്ര ക്ഷേത്രജ്ഞയോ ജ്ഞാനം എത്തം മതം മമ ഈ അധ്യായത്തിന്റെ സംക്ഷേപമാണ് ആദ്യത്തെ രണ്ട് ശ്ലോകം കൊണ്ട് ഭഗവാൻ പറഞ്ഞത് ഈ അധ്യായത്തിന്റെ മാത്രമല്ല മസ്ത വേദാർത്ഥവും സംക്ഷേപിച്ച് ഈ രണ്ട് ശ്ലോകങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞു ശരീരത്തിനെ ക്ഷേത്രമെന്നും ശരീരം തൊട്ടുള്ള പ്രപഞ്ചത്തിനെ മുഴുവൻ അറിയുന്ന അറിവിനെ അറിവേ സ്വരൂപമായിട്ടുള്ള ജപ്തിയെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നോവർ അറിയുന്നവൻ അറിയുന്നവന് ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞു ക്ഷേത്രത്തിനെ അറിയുന്ന അഥവാ ക്ഷേത്രത്തിനെ പ്രകാശിപ്പിക്കുന്ന ജ്ഞാൻ ഉണ്ട് എന്ന അനുഭവരൂപത്തിൽ ഉണരപ്പെടുന്ന ഏതൊന്നും ഉണ്ടോ ക്ഷേത്രജ്ഞൻ അത്രയും പറഞ്ഞ് നിർത്തിയില്ല അതെ നമുക്ക് അനുഭവമുള്ള കാര്യമാണ് നമ്മുടെ ശരീരം ശരീരത്തിനകത്ത് ഞാൻ എന്ന ഒരു അനുഭവ കേന്ദ്രം ശരീരത്തിനെ ക്ഷേത്രമെന്നും ശരീരം തൊട്ടുള്ള പ്രപഞ്ചത്തിനെ മുഴുവൻ അറിയുന്ന അറിവിനെ ജ്ഞപ്തിയെ അവയർനെസ് അവയർനെസ്സിനെ അവബോധത്തിന് ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവിടെ ഈ ക്ഷേത്രജ്ഞനെ സമ്പ്രദായ വേദാന്തത്തിൽ ത്വം എന്ന് പറയും തത്വമസി മഹാവാക്യത്തിൽ ത്വം പദം അവിടെ തത്പദത്തിനെ കൊണ്ട് ചേർക്കുകയാണ് അതായത് ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത് എല്ലാ ശരീരത്തിലും ശരീരത്തിന് ചേതനം നൽകുന്ന ചൈതന്യമായിട്ട് ഏകോ ബഹൂനാം യോ വിധദാതി കാമാൻ സകല ശരീരത്തിലും ക്ഷേത്രജ്ഞനായിട്ടിരിക്കുന്നതിനെ എന്നാണെന്ന് അറിയൂ അർജുന ജ്ഞാനെന്ന് വെച്ചാൽ വാസുദേവൻ വാസുദേവനാണ് എല്ലാ ശരീരത്തിലും ക്ഷേത്രജ്ഞനായിട്ടിരിക്കുന്നതെന്ന് അറിയൂ വാസുദേവൻ എന്ന് വെച്ചാൽ എന്താ ഭാഗവതം നോക്കണം വ്യാഖ്യാനത്തിന് ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം ത്വനന്തരം ത്വബി ബ്രഹ്മസത്യം പ്രത്യാന്തം ഭഗവത് ശബ്ദസമത്യം യദ്വാസുദേവം കവയോ വശുദ്ധമായ ജ്ഞാനസ്വരൂപവും പുറമേക്ക് അന്വേഷിച്ചാൽ കിട്ടാത്തതും സത്യമെന്നും ബ്രഹ്മമെന്നും പേരോടുകൂടിയതും അകമയ്ക്ക് ചൈതന്യരൂപമായി പ്രകാശിക്കുന്നതുമായ സത്യത്തിനെ വാസുദേവൻ എന്ന് ഋഷികൾ പറയുന്നു യത് വാസുദേവം കവയോ വദന്തി ഇത് ഭാഗവതത്തിൽ ജഡഭരതൻ രഹുഗണൻ ഉപദേശിക്കുമ്പോ വാസുദേവതത്വം പറഞ്ഞുകൊടുക്കുമ്പോ വാസുദേവ ശബ്ദത്തിന്റെ അർത്ഥം പറയുക അപ്പോ കൃഷ്ണൻ എവിടെയൊക്കെ ഗീതയിൽ ഞാൻ എന്ന് പറയുന്നുവോ അവിടെയൊക്കെ പരമാത്മാ ഭഗവാൻ വാസുദേവൻ ഔപനിഷദമായ ബ്രഹ്മം എന്നർത്ഥമെടുക്കണം അപ്പോ നമ്മളുടെ ഉള്ളിൽ എന്റെ ഉള്ളിൽ ഞാൻ എന്ന് അനുഭവപ്പെടുന്ന ബോധകേന്ദ്രം ഘടാകാശം പോലെയാണ് എന്നാണ് വേദാന്തികൾ പറയുന്നത് ഘടാകാശം എന്ന് വെച്ചാൽ മനസ്സിലാവുമോ പഠിച്ചിട്ടുള്ളവർ കുറച്ച് തലയിൽ കയറ്റി വെച്ചിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും നല്ല ഉദാഹരണമാണ് ഘടത്തിനകത്തുള്ള ആകാശം ആകാശം എന്ന് വെച്ചാൽ നീല കളറിലുള്ളതല്ല സ്പേസ് ഇപ്പൊ നിങ്ങളുടെയും എനിക്കും നടുവിൽ സ്പേസ് ഉണ്ട് അതേപോലെ ഘടത്തിനകത്തുള്ള സ്പേസ് പുറമേക്കുള്ള സ്പേസ് നമ്മള് ഘടത്തിനകത്തുള്ള ആകാശം എന്നൊരു വ്യവഹാരമുണ്ട് ഘടത്തിനകത്തുള്ള സ്ഥലം കുടത്തിൽ ഇപ്പൊ സ്ഥലമില്ല കുടത്തിലെ സ്ഥലം ധാരാളം എന്തെന്ന് പറഞ്ഞ പോലെ അത് കുടത്തിനകത്തുള്ള സ്പേസ് ആണ് പക്ഷെ പൊട്ടിയാൽ കുടത്തിനകത്തുള്ള സ്പേസ് മഹാകാശത്തിൽ കലക്കും അങ്ങനൊരു ചൊല്ലുണ്ട് പക്ഷെ വാസ്തവത്തിൽ കുടത്തിൻ്റെ അകത്തുള്ള സ്പേസ് പുറമേക്കുള്ള സ്പേസിൽ നിന്നും സെപ്പറേറ്റ് ഇല്ല അല്ലേ സ്പേസ് എന്ന് എടുത്താൽ ആകാശം എന്ന് എടുത്താൽ ഒരു ഭൂതത്തിനെടുത്താൽ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും എന്താന്ന് വെച്ചാൽ ഒരു ശാസ്ത്രജ്ഞനും ഉത്തരം പറയാൻ കഴിയാത്ത ഒരു ഒരു ചോദ്യം ആകാശത്തിനെ വെച്ചുകൊണ്ട് ചോദിക്കാവുന്നതാണ് എന്താ ചോദ്യം എന്ന് വെച്ചാൽ ആകാശത്തിൽ ശരീരം നമ്മളുടെ ശരീരം ആകാശത്തിലാണല്ലോ നിൽക്കണത് ഈ ബോഡി ദേഹം ആകാശത്തിലാണല്ലോ നിൽക്കണത് ഈ ദേഹം ആകാശത്തിൽ എങ്ങനെ ഉണ്ടാകും ഉണ്ടാകാൻ എങ്ങനെ സാധിക്കും ചോദ്യം പിടികിട്ടിയോ ചോദ്യമേ പിടികിട്ടിട്ടുണ്ടാവില്ല ഈ ദേഹം സ്പേസിൽ എങ്ങനെ ഉണ്ടാവും എന്ന് കാരണം ഈ ദേഹത്തിലെ ഓരോ കോശങ്ങളും മുറിച്ചു മുറിച്ച് മുറിച്ച് മുറിച്ചു പോയാൽ അവസാനം എന്ത് സ്പേസ് അല്ലെ ആ സ്പേസില് സ്പേസ് അല്ലാതെ വരെ വല്ലതും ഉണ്ടാവുമോ സ്പേസിൽ സ്പേസ് അല്ലാതെ വരൊന്നും ഉണ്ടാവാൻ പറ്റില്ല ഇവിടെ രണ്ടു മൂന്ന് സ്പേസ് സയന്റിസ്റ്റ്മാരിണ്ട് അവരൊക്കെ അനുകൂലിച്ചിട്ടുള്ള കാര്യമാണത് സ്പേസിൽ സ്പേസ് അല്ലാതെ വരൊന്നും ഉണ്ടാവാൻ പറ്റില്ല ആകാശത്തിൽ മറ്റൊരു വസ്തു എങ്ങനെ ഉണ്ടാവും ശരീരത്തിൽ ഓരോ കോശങ്ങളും ആകാശമുണ്ടല്ലോ അല്ലേ ആകാശമില്ലാത്ത ഒരു ഇടമുണ്ടോ സ്പേസ് ഇല്ലാത്ത സ്ഥലം സ്പേസ് ഇല്ലാത്ത സ്പേസ് ഉണ്ടോ അപ്പൊ ഇതെങ്ങനെ ഉണ്ടാവും ഈ ശരീരം ഒരു ഉത്തരമേ പറയാൻ പറ്റുള്ളൂ സ്പേസ് തന്നെ ശരീരത്തിന്റെ വേഷം കെട്ടി നിൽക്കണു എന്നേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ തന്നെയാണ് ഉപനിഷത്തും പറയണത് സ ഏതസ്മാത്മന ആകാശസംഭൂത ആകാശാ വായോരഗ്നി അഗ്നിരാപ അഭ്യധയ ഓഷധീഭ്യോന്നുഷ ആകാശത്തില് ആകാശം തന്നെയാണ് പഞ്ചഭൂതങ്ങളായും ശരീരവുമായിട്ടുമൊക്കെ തീർന്നിരിക്കണം കാശത്തിൽ ആകാശമല്ലാതെ വേറൊന്നും ഉണ്ടാവാൻ പറ്റില്ല അപ്പൊ ചുരുക്കത്തിൽ ശരീരം ഒരു ആകാശകുസുമണം ശരീരം ശരീരത്തിന് പുറത്തൊരു സ്പേസ് ശരീരത്തിനകത്തൊരു സ്പേസ് ചുരുക്കത്തിൽ ശരീരം തന്നെ സ്പേസ് ആണ് പുറത്തൊരു സ്പേസ് ഘടത്തിനകത്തൊരു സ്പേസ് ഘടം തന്നെ സ്പേസില് ഒരു രൂപം മാത്രമാണ് ആ സ്പേസിനെ മുറിക്കാനൊന്നും ഘടത്തിന് പറ്റില്ല നമ്മള് വ്യവഹാരത്തിന് വേണ്ടി ഘടത്തിനകത്തൊരു ആകാശം ഘടത്തിന് പുറത്തൊരാകാശം എന്നൊക്കെ പറയണമെന്നല്ലാതെ ആകാശത്തിനെ വേർത്തിരിക്കാനായി ഈ ഘടത്തിന് സാധ്യമല്ല അതേപോലെ ക്ഷേത്രജ്ഞനിൽ ക്ഷേത്രം ഉണ്ടാവാൻ പറ്റില്ല ക്ഷേത്രം ക്ഷേത്രജ്ഞനിൽ കാണപ്പെടുക മാത്രമാണ് ക്ഷേത്രജ്ഞൻ ആരാണ് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിനാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞത് ഇനി ഈ അധ്യായത്തിൽ തന്നെ ഭഗവാൻ വളരെ അതിസുന്ദരമായി ഭഗവാൻ ജ്യോതിഷാമപി തജ്യോതിഹി എന്ന ശ്ലോകത്തിൽ പറയാൻ പോകുന്നു ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവമാണ് ക്ഷേത്രജ്ഞൻ ആ അനുഭവം ഇല്ലെങ്കിൽ പ്രപഞ്ചമൊന്നും പ്രകാശിക്കില്ല ഈ മൈക്കിന് ഞാനുമില്ല നിങ്ങളുമില്ല കാരണം മൈക്കിന് ഞാനുണ്ട് എന്നുള്ള അനുഭവമില്ല എനിക്ക് ഞാനുണ്ട് എന്നുള്ള അനുഭവമുണ്ട് ഇവിടെ മുഴുവൻ ഇരുട്ടാക്കിയാലും ഞാനുണ്ട് നല്ലവണ്ണം അറിയാം സ്വയം പ്രകാശമാണ് ഞാനുണ്ട് എന്നറിയാം ആ അനുഭവം ചൈതന്യത്തിന്റെ ആണ് ആ ചൈതന്യം ക്ഷേത്രജ്ഞനാണ് ആ ക്ഷേത്രജ്ഞനിൽ ക്ഷേത്രജ്ഞൻ ഇപ്പം നമുക്ക് ലിമിറ്റഡായിട്ട് തോന്നുകയാണ് ശരീരത്തിന്റെ ഉള്ളിലാണ് ക്ഷേത്രജ്ഞൻ എന്ന് തോന്നുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ നമ്മളുടെ ബ്രെയിനിലുണ്ടാവും ഭഗവാൻ പറയണ ഒരു സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ടാണ് പൌരാണികമായ സമ്പ്രദായക്കാരൊക്കെ ശരീരത്തിന്റെ ഉള്ളിൽ ജീവനാണെന്നും വേറെ ഒന്ന് പുറത്താണെന്നും ഒരുപാട് പറയുന്നത് കാരണം മനസ്സുകൊണ്ട് ഈ തത്വം അദ്വൈത തത്വമോ മഹാവാക്യമോ ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് കുഴപ്പമുണ്ടാവും ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി നിങ്ങൾക്ക് അദ്വൈതം വിശിഷ്ടാദ്വൈതം ദ്വൈതം എല്ലാത്തിനും വിട്ടുകൾ എല്ലാ സമ്പ്രദായക്കാരും ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട് രാമാനുജനാവട്ടെ മാധ്വനാവട്ടെ ശങ്കരനാവട്ടെ നിമ്പാർക്കനാവട്ടെ വല്ലഭനാവട്ടെ എല്ലാവരും സമ്മതിക്കണ ഒരു കാര്യുണ്ട് ക്ഷേത്രജ്ഞനുണ്ടല്ലോ ആ ക്ഷേത്രജ്ഞനെ ആദ്യം അറിയുക ആത്മസാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരത്തിന് ശേഷം പിന്നെ ദ്വൈതമാണോ വിശിഷ്ടാദ്വൈതമാണോ അതൊക്കെ പിന്നെ നോക്കാലോ അത് പിന്നെ നോക്കാലോ ആദ്യം ഗോ ടു ദാറ്റ് സ്റ്റേറ്റ് രാമകൃഷ്ണദേവൻ പറയുന്ന ഒരു കഥയുണ്ട് ഒരാള് രാത്രി സമയത്ത് ഒരു വീട്ടിൽ ചെന്ന് വാതില് തട്ടി അയാള് ചോദിച്ചു എന്താ വേണ്ട എനിക്കൊരു പത്ത് കിലോമീറ്റർ ദൂരം പോണം വിളിച്ചല്ല ഒരു ചൂട്ടുകുറ്റി തരുവോന്നും ചോദിച്ചു പഴയകാലത്ത് വരമ്പില് ചൂട്ടുകുറ്റി പിടിച്ച് നടക്കും ഒരു ചൂട്ടുകുറ്റി തരുവോന്നും ചോദിച്ചു ആ വീട്ടുകാരനൊരു ചൂട്ടുകുറ്റി കൊടുത്തു ഇയാള് ആ ചൂട്ടുകുറ്റിയും പിടിച്ച് തന്നെ ഇരിക്കുന്നുണ്ട് നേരെ വിളിച്ചായപ്പോഴും എന്താ യാത്ര ചെയ്തില്ലേ ഈ ചൂട്ടുകുറ്റി നാലടിക്കേ വെളിച്ചം കാണിക്കുന്നുള്ളൂ അങ്ങടേക്ക് വെളിച്ചില്ല എനിക്ക് പത്ത് കിലോമീറ്റർ പോകണം ഒരുപക്ഷെ അത്രയും പണ്ടത്തരം ആളുകളിൽ ഉണ്ടാവില്ലായിരിക്കാം എന്നാലും ഇങ്ങനെയാണ് നമ്മളുടെയും നമുക്ക് ഇത്ര ദൂരമേ കാണുന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഞാൻ എന്തിനു ഊഹിക്കണം അവിടെ പോയാൽ അവിടുന്ന് അങ്ങോട്ട് കാണും അവിടെ പോയാൽ അവിടുന്ന് അങ്ങോട്ട് കാണും അല്ലേ അപ്പോ ഇപ്പൊ ക്ഷേത്രജ്ഞൻ എനിക്ക് അനുഭവമുള്ളതാണ് ക്ഷേത്രം എന്റെ പ്രതീതിയിലുള്ളതാണ് ക്ഷേത്രത്തിനെ ഞാൻ അറിയുകയല്ല ക്ഷേത്രം എനിക്ക് പ്രതീതിയാണ് എനിക്ക് നല്ല ഉറപ്പുള്ള അനുഭവം ഞാൻ ഉണ്ട് എന്നുള്ള സെന്ററാണ് അത് വളരെ പ്രബലമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് മാത്രമാണ് ഈ ഗീത മുഴുവൻ പറയുമ്പോൾ ഈ ഒരു ബാക്കിയൊക്കെ നിങ്ങൾ മറന്നു കളഞ്ഞാലും ഇതൊന്നു പിടിച്ചാൽ നിങ്ങൾക്ക് ഗീതയും വേദാന്തവും ഉപനിഷത്തും ഒക്കെ പിടിക്കിട്ടും നിങ്ങൾക്ക് ആരും പറഞ്ഞു തരും വേണ്ട ഒന്നും വേണ്ട ഞങ്ങളുടെ വ്യാപാരം അല്പം മുടങ്ങുമായിരിക്കാം എന്നാലും കുഴപ്പമൊന്നുമില്ല കാര്യം ഇത്രയേ ഉള്ളൂ കൈമുതല് നമുക്ക് ആകപ്പാടം ഉള്ളത് ഞാൻ ഉണ്ട് എന്നുള്ള ബോധമാണ് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു സാധനയും നിങ്ങൾക്കിഷ്ടമില്ലെങ്കിലും നിങ്ങൾ ഈശ്വരനെ പോലും സ്വീകരിക്കണില്ലെങ്കിലും ആര് പറഞ്ഞതിലും നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും രമണു മഹർഷിയോട് ഒരാൾ പറഞ്ഞു എനിക്ക് ഈ ശാസ്ത്രം വേദം ഉപനിഷത്ത് ഇതിലൊന്നും വിശ്വാസമില്ല ഓരോരുത്തർ ഓരോ ദൈവം പറയണു ആരെന്ത് കണ്ടു ഒരുത്തം പറയൂ കൃഷ്ണനാണെന്ന് പറയണു ഒരുത്തം പറയണു ശിവനാണെന്ന് പറയണു അള്ളാവാണെന്ന് പറയണു ക്രിസ്തുവാണെന്ന് പറയണു എനിക്കിതിലൊന്നും വിശ്വാസല്ല ഞാൻ നാസ്തികനാണ് അപ്പൊ മഹർഷി പറഞ്ഞു ശരി അതൊക്കെ പറഞ്ഞതൊക്കെ എല്ലാം പോയി സ്വാമി അദ്ദേഹതാണ് പറഞ്ഞു എല്ലാം പോയി വാദിക്കാൻ വേണ്ടി വന്നതാണേ അപ്പൊ മഹർഷി പറഞ്ഞു സത്യം എല്ലാം പോയി വാദിക്കുന്ന ആളുടെ കൂടെ ചേർന്നാ പിന്നെ വാദിക്കാൻ പറ്റില്ലല്ലോ എല്ലാം പോയി പക്ഷെ ഈ എല്ലാം പോയി എന്ന് പറയണത് നീ ഉണ്ടല്ലോ അല്ലേ ഞാനുണ്ടല്ലോ അത് മതി നീ നാസ്തികനെ അല്ല ആസ്തികൻ തന്നെയാണ് അസ്തി എന്ന് പറയണവൻ ആസ്തികനാണ് നാസ്തി എന്ന് പറയണല്ലോ അഹമസ്മി സ്വീകരിക്കണുണ്ടല്ലോ ഞാനുണ്ട് എന്നാൽ അതിനെ പിടിച്ചുകൂട അതെന്താണ് എന്ന് കണ്ടുപിടിക്കും അതിനെ ശ്രദ്ധിക്കൂ അതിനെ ആരാധിക്കൂ ശ്രദ്ധാനദീ വിമലചിത്ത ജലാഭിഷേകൈഹി നിത്യം സമാധി കുസുമൈഹി ആചാര്യസ്വാമികൾ മാനസപൂജയിലെ പറയണതാണ് ആ അകമരിക്കുള്ള ആ സ്ഫടികലിംഗത്തിനെ ശ്രദ്ധാനദീ വിമല ചിത്ത ജലാഭിഷേകൈഹി ശ്രദ്ധയാവുന്ന നദിയിലുള്ള വിമലചിത്തവൃത്തികൾ കൊണ്ട് അഭിഷേകം ചെയ്യുമെന്നാണ് ശ്രദ്ധിക്കുക അതൊക്കെ കാവ്യാത്മകമായി പറഞ്ഞു കാര്യം ഇത്രയേ ഉള്ളൂ ഒരു നാസ്തികനോ യുക്തിവാദിയോ എന്ത് വേണമെങ്കിൽ പറയട്ടെ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് അവനവൻ ഉണ്ട് എന്നുള്ള അനുഭവം ഞാൻ എന്ന അനുഭവം സദാ എന്തു മന്ത്രം ജപിച്ചാലും അതിൽ കൂടുതൽ നമുക്കൊരു മന്ത്രം ജപിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ബൃഹദാരണ്യ ഗോപനിഷത്ത് പറഞ്ഞത് ബ്രഹ്മത്തിന്റെ ആദ്യ നാമം അഹം നാമാഭവത് ഞാൻ എന്ന നാമത്തോടുകൂടെയാണ് ആദ്യം വ്യാഹൃതമായത് ഞാൻ ഞാൻ എന്ന് വെച്ചാൽ മലയാളത്തിൽ ഞാൻ എന്ന് പറയുന്നു തമിഴിൽ ഞാനെന്ന് പറയും ഹിന്ദിയിൽ മേ എന്ന് പറയും ഇംഗ്ലീഷിൽ ഐ എന്ന് പറയും ആ വെർബലൈസ്ഡ് ഫോം അല്ല നോൺ വെർബലൈസ്ഡ് ഫീലിംഗ് അതിന്റെ അനുഭവം ഉണ്ടല്ലോ ഞാൻ എന്നുള്ള ഒരു സ്പന്ദനമുണ്ടല്ലോ ഒരു വികാര കേന്ദ്രമുണ്ടല്ലോ ആ സെൻഡവൻ അത് ക്ഷേത്രജ്ഞനാണ് ക്ഷേത്രത്തിനെ മുഴുവൻ അറിവുകൊണ്ട് പ്രകാശിപ്പിക്കുന്ന കേന്ദ്രസ്ഥാനമാണ് ആ ക്ഷേത്രജ്ഞനെ അത്രയും പറയുമ്പോൾ നമുക്ക് തോന്നും ചെറിയ ഒരു സ്പാർക്കാണത് എന്ന് തോന്നും അപ്പൊ മനസ്സിലായി അപ്പൊ മനസ്സിലായി തോന്നും നമുക്ക് പിന്നെ മനസ്സിലായി എന്റെ ശരീരം ശരീരത്തിന്റെ ഉള്ളിൽ അനുഭവം അവിടെയാണ് ഭഗവാൻ ഒരു വലിയ ബോംബ് കൊണ്ടുവന്നിടുന്നത് ക്ഷേത്രജ്ഞം ചാവി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരതം ക്ഷേത്രങ്ങൾ അനേകമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും മാലയിൽ മുത്തുകൾ അനേകമെങ്കിലും അതിൽ ഒരേ ചരട് കോർക്കപ്പെട്ട പോലെ സൂത്രേ മണികണ ഇവ അനേക ക്ഷേത്രങ്ങൾക്കും ഒരേ സെന്ററായ ക്ഷേത്രജ്ഞനായിട്ട് ഞാനിരിക്കണു എന്നറിഞ്ഞുകൊള്ളുക എന്നുവെച്ചാൽ ഇപ്പൊ അനേകം എന്നൊക്കെ പറയുന്നത് ഞാൻ നോക്കുമ്പോഴല്ലേ ഉണ്ടാവുള്ളൂ അധ്യാത്മം വ്യക്തിനിഷ്ഠമാണ് പുറമേക്കല്ല ദൃശ്യനിഷ്ഠമല്ല ഞാൻ എന്നെ വെച്ചുകൊണ്ട് മാത്രം ചിന്തിച്ചാൽ എന്റെ ഉള്ളിലുള്ള ബോധകേന്ദ്രം പരമാത്മസ്വരൂപമാണ് ഭഗവത് സ്വരൂപമാണ് എന്നാണ് ഭഗവാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ സ്റ്റേറ്റ്മെന്റിനെ നിങ്ങൾ എന്ത് ചെയ്യും അതിനാണ് പറഞ്ഞത് ഘടത്തിനകത്തുള്ള ആകാശം പോലെ പരിമിതമെന്ന് തോന്നുന്നുവെങ്കിലും ഇത് അപരിമിതമാണ് ആ ഞാനെന്ന അനുഭവം ക്ഷേത്രജ്ഞന്റെ ആണ് ആ ക്ഷേത്രജ്ഞനിൽ ഈ ക്ഷേത്രത്തിന്റെ ദോഷങ്ങളൊക്കെ കൂടിക്കലർന്നതുകൊണ്ട് ക്ഷേത്രജ്ഞന്റെ അലൗകികത ദിവ്യത്വം ശാന്തി പ്രിയം അഭയസ്വഭാവം എനിക്ക് കിട്ടണില്ല ശരീരത്തിന്റെ ദുഃഖം വിഷമങ്ങളൊക്കെ എന്റെ ചുറ്റുമുണ്ട് അപ്പൊ ഭഗവാൻ പറഞ്ഞു ഇതിൽ നിന്നും വിടുവിക്കാനായി പുറത്തുവരാനായിട്ട് ക്ഷേത്ര ക്ഷേത്രജ്ഞന്മാരെ നല്ലവണ്ണം ആദ്യമൊന്നറിയാം മനസ്സിലാക്ക തേത്രം യദ് സചയോ യത് പ്രഭാവശ് തത് സമാസേ നമേ ശൃണു ഇതൊക്കെ നില കണ്ട കാര്യങ്ങളാണ് ഒന്നുകൂടെ നില പറഞ്ഞത് ഒന്നുകൂടെ പറയണു അത്രയേ ഉള്ളൂ ഗതം ഗതം സർവമുപേക്ഷണീയം എന്നാണ് കഴിഞ്ഞതൊക്കെ മറന്നു അപ്പൊ ഇന്നലെ പറഞ്ഞതൊക്കെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇന്നലെ പറഞ്ഞതില് ട ക്ഷേത്രം ആദ്യം ഭഗവാൻ ക്ഷേത്രത്തിനെയാണ് പറഞ്ഞത് ക്ഷേത്രം എന്താണെന്നും ഇന്നലെ പറഞ്ഞു നമ്മളുടെ ഫീൽഡാണ് നമ്മളുടെ ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളുടെ ജയിലാണ് അറിഞ്ഞാൽ നമ്മളുടെ ആനന്ദ ആനന്ദ സാമ്രാജ്യവുമാണ് അറിയാത്തവൻ അത് ജയിലാണ് ക്ഷേത്രം ക്ഷേത്രത്തിനെ ഭഗവത് സ്വരൂപം എന്ന് അറിയുന്നതിന് മുമ്പ് ക്ഷേത്രം നമുക്ക് ശരീരം ശരീരമാണ് എന്റെ ഇരിപ്പിടം അതിലെന്തൊക്കെ ഉണ്ട് എന്തൊക്കെ വികാരങ്ങളുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രത്തിനെ പറഞ്ഞു തുടങ്ങുകയാണ് അടുത്ത ശ്ലോകം നോക്കാം മഹാഭൂതാന്യഹകാരോ ബുദ്ധിരവ്യക്തമേവ ഇന്ദ്രിയാണിദശം ച പഞ്ചച്ഛേന്ദ്രിഗോചരാഖം ദുഃഖം സഘാതശ്ചേതൃതിഷേത്രം സമാസന സവിദാഹ സവി സവിം എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ഫ്ലക്സ് പരിണമിച്ചുകൊണ്ടേരിക്കും വ്യത്യാസപ്പെട്ടുകൊണ്ടേരിക്കും അതിനാണ് സവികാരം എന്ന് ഭഗവാൻ ശീലുവെച്ചത് എന്തൊക്കെ ഉണ്ട് അതില് മഹാഭൂതാനി അഞ്ച് മഹാഭൂതങ്ങള് എന്തൊക്കെയാ ഭൂമി ജലം അഗ്നി വായു ആകാശ ഭഗവാനെ ഹരിദ്വാറിൽ വന്നൊന്ന് കാണണം ഗംഗ എങ്ങനെ പ്രവഹിക്കുന്നറിയൂ ഒന്ന് കാണേണ്ടതല്ലേ സ്പെഷ്യൽ ട്രെയിൻ ഏർപ്പാട് ചെയ്യാം കൂട്ടിക്കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അപ്പൊ മഹർഷി പറഞ്ഞു എന്നെ പോയി ഹരിദ്വാറിൽ പഞ്ചഭൂതത്തെത്തവര് ആറാമത് ഒരു ഭൂതം എടുക്കോ അവിടെ പഞ്ചഭൂതമല്ലാതെ ഒരാറാമതൊന്നും ഉണ്ടോ എലവെന്റ് ഇനി ഭഗവത് സ്വരൂപമാണ് അവിടെ കാണേണ്ടതെങ്കിൽ വിശ്വം തന്നെ ഭഗവാന്റെ ആദ്യോ അവതാരോഹരേ അതെവിടെയുണ്ടെങ്കിലും കാണാം ജ്ഞാനികളുടെ ദൃഷ്ടി അങ്ങനെയാണ് പഞ്ചഭൂതാത്മകമാണ് ഒരു തലത്തിൽ നോക്കിയാൽ വിശ്വം വേറെ ഒരു തലത്തിൽ നോക്കിയാലോ ഭഗവാന്റെ സ്ഥൂല ശരീരമാണ് പഞ്ചഭൂതങ്ങളാണ് നമ്മൾ എവിടെ നോക്കിയാലും കാണുന്നത് ഈ അഞ്ചു ഭൂതങ്ങളാണ് എലമെന്റ്സ് മഹാഭൂതാനി നമ്മളില് ഈ മഹാഭൂതങ്ങളെങ്ങനെ സ്ഥൂലമായ അതിന്റെ സ്വഭാവം കാണിക്കുന്നത് മണക്കുക എന്നുള്ളത് ഭൂമിയുടെ സ്വഭാവം രുചിക്കുക എന്നുള്ളത് നാവില് വെള്ളം അധികം ജലത്തിന്റെ സ്വഭാവം കാണുക എന്നുള്ളത് അഗ്നിയുടെ സ്വഭാവം സ്പർശം അറിയുക എന്നുള്ളത് വായുവിന്റെ സ്വഭാവം ശബ്ദം കേൾക്കുക എന്നുള്ളത് ആകാശത്തിന്റെ സ്വഭാവം ഈ അഞ്ചു ഭൂതങ്ങളും നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ രൂപത്തിൽ നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ അഞ്ചല്ലാതെ ലോകത്തിൽ എന്ത് കാണും നമ്മൾ ലോകം എന്ന് വെച്ചാൽ എന്താ കാണുക കേൾക്കുക മണക്കുക രുചിക്കുക സ്പർശിക്കുക അല്ലെ അഞ്ച് ഇന്ദ്രിയങ്ങളുള്ളപ്പോ ഒരുവിധം മൂന്നു ഇന്ദ്രിയങ്ങളുണ്ടെങ്കിൽ അത്രയേ കാണുള്ളൂ ഇനിയിപ്പോൾ ആറാമത് ഒരു ഇന്ദ്രിയം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാണും ഇന്ദ്രിയങ്ങൾക്കനുസരിച്ച് ദൃഷ്ടി മാറും മഹാഭൂതാനി അഹങ്കാര ബുദ്ധി ഇത്രയും മൂന്നെണ്ണം പിടിച്ചുകൊള്ള തെരുവിലിറങ്ങി നടക്കുമ്പോ എന്തോ ഒന്ന് വരുന്നു കണ്ണിലേക്ക് അത് വീണു കണ്ണതിന്റെ രൂപം പിടിച്ച് അകമേക്ക് കൊണ്ടുപോയി മനസ്സിൽ പഴയ രൂപങ്ങളുമായി സങ്കൽപ്പിച്ചു നോക്കി ബുദ്ധി പറഞ്ഞു നായ വരണു പട്ടി ഉടനെ അഹങ്കാരം ശരീരത്തിന്റെ സെന്ററാണത് ചിജ്ജട ഗ്രന്ഥി അത് എന്തു പറഞ്ഞു മതിലിന് മേലേക്ക് ചാട് മൂന്നു അല്ലെങ്കിൽ കല്ലെടുക്ക് പറഞ്ഞു അഹങ്കാരമാണ് ബോഡിയുടെ കൺട്രോളിങ് ഏജന്റ് എന്റെ ശരീരം അല്ലേ ചിജ്ജട ഗ്രന്ഥി അതാണ് സെന്റർ ആ സെന്ററിൽ തൊട്ടാലേ എന്നെ തൊടുള്ളൂ അല്ലെങ്കി എന്നെ ഒന്നും ബാധിക്കുകയില്ല ഒരു ഭർത്താവ് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു ഭാര്യ അടുത്ത വീട്ടിലെ ആരെയോ കുറിച്ച് കുറ്റം പറയുന്നുണ്ട് ഭർത്താവിനെ ഒന്നും ബാധിക്കില്ല ഭാര്യ പെട്ടെന്ന് പറഞ്ഞു നിങ്ങളും അങ്ങനെ തന്നെ നോക്കും ഒട്ടനെ പത്രമൊക്കെ വലിച്ചെറിഞ്ഞു ചാടി എഴുന്നേറ്റു നെല് വിളിക്കാൻ തുടങ്ങി എന്ത് പറ്റി ഇപ്പോ എന്നെ തൊട്ടു അല്ലെങ്കിൽ ഒബ്ജക്റ്റീവാണ് എന്റെ അഹങ്കാരം എന്നുള്ള സെന്റർ അതാണ് ചിജ്ജട ഗ്രന്ഥി ഇതിനാണ് ശാസ്ത്രജ്ഞന്മാര് ചിജ്ജട ഗ്രന്ഥി എന്ന് പറയുന്നത് ചിത്തിനെയും ജടത്തിനെയും കൂട്ടിക്കെട്ടുന്ന ഗ്രന്ഥി രണ്ടിനും നടുവിൽ വന്നിട്ട് ഞാൻ എന്ന അഭിമാനം എന്തും അവിടെ തൊട്ടാലേ ബാധിക്കുള്ളൂ പത്രത്തിൽ വായിക്കുന്നു ആരൊക്കെയോ മരിച്ചു ഒന്നും കുഴപ്പമില്ല എനിക്ക് സംബന്ധപ്പെട്ടവരാരെങ്കിലും മരിച്ചാൽ അപ്പൊ ഈ ചിജ്ജട ഗ്രന്ഥി അളകും ഇപ്പൊ ഞാൻ ജനറലായി എന്തെങ്കിലും പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല നിങ്ങളുടെ തൊഴിലിനെയോ നിങ്ങളുടെ സ്വഭാവത്തിനെയോ നിങ്ങൾക്ക് ഏശുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ ഈ ഗ്രന്ഥിയിൽ തൊട്ടു അപ്പോഴാണത് ബാധിക്കാം അഹങ്കാരം എന്ന് പറയുന്നത് ഈ ചിജ്ജട ഗ്രന്ഥിയാണ് മഹാഭൂതാനി അഹങ്കാര ുദ്ധി ഇതിനെയൊക്കെ നിയന്ത്രിക്കണ ഒരു സാധനമുണ്ട് ബുദ്ധി മനസ്സും ബുദ്ധിയും തന്നെ ആളുകൾക്ക് വ്യത്യാസം അറിയില്ല ഓഫീസില് സുപ്പീരിയർ ഓഫീസർ ചീത്ത വിളിക്കുന്നു എന്തോ ശരിക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ ചീത്ത വിളിക്കുമ്പോഴൊക്കെ യെസ് സാർ യെസ് സാർ ഐ വിൽ ഡു സർ സോറി സാർ താങ്ക് യു സാർ ഒന്നുക്ക് പറഞ്ഞുകൊണ്ട് ഉള്ളില് നല്ലോണം കൊടുക്കണമെന്നുണ്ട് തിരിച്ചു കൊടുക്കണമെന്നുണ്ട് പക്ഷെ ഉള്ളില് ബുദ്ധി എന്ന് പറയുന്ന എലമെന്റ് പറഞ്ഞു കൺട്രോൾ അയാളുടെ അടുത്തുനിന്ന് പണം കിട്ടേണ്ടതാണ് തൊഴിൽ പോകും ആ ഡിസ്ക്രിമിനേറ്റിംഗ് എലമെന്റാണ് അതായത് വീട്ടിൽ വന്ന് ഭാര്യ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും തല്ലാൻ പോകുന്നു നെലവിളിക്കാൻ പോകുന്നു എന്തുപറ്റി വ്യത്യാസം അവിടെ ബുദ്ധി കൺട്രോളാണ് ഉപനിഷത്ത് പറയുന്നു ശരീരം രഥമാണ് ഇന്ദ്രിയങ്ങൾ കുതിരകളാണ് മനസ്സ് കടിഞ്ഞാണാണ് ബുദ്ധി സാരഥിയാണ് आत्मान रथिन विथमेव बुद्धि तो सारथि विद्या मन प्रग्रह इंद्रििया हयानाहु विषयांस्तेषु गोचरा आत्मेन्नो युक्त भोक्तेहुर्मनीषिंद्रियु बुद्धि പഞ്ചചേന്ദ്രിയ ഗോചരാഹ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിട്ടുള്ള ലോകത്തിലുള്ള ദൃശ്യം ശ്രാവ്യം മുതലായിട്ടുള്ളതും ഇതൊക്കെ ചെന്ന് മറയുന്ന ഒരു അവ്യക്തമുണ്ട് അവ്യക്തമേ വച്ച് നമ്മൾ ദിവസം ഉറങ്ങുമ്പോ ഇപ്പ ഇവിടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കണു കേട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ചിലർ കാണാം അങ്ങനെ തല അങ്ങനെ വീഴും ഇവിടുന്ന് ഇലക്ട്രിസിറ്റി കട്ടായാൽ തലയങ്ങട് വീഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് അതൊരു ഇരുന്ന് ഉറങ്ങുമ്പോ ആ യോഗശാസ്ത്രം പഠിക്കാനുള്ള വഴിയാണ് ബുദ്ധി തല എക്സ്ട്രാ ഫിറ്റിംഗ് ആണത് അതൊരു പ്ലാസ്റ്റിക് സാധനമാണ് അതിന് ചൈതന്യത്തിനോട് ഡയറക്റ്റായിട്ട് സമ്പർക്കല്ല ഡയറക്റ്റ് സമ്പർക്കം ഉണ്ടെങ്കിൽ ഉറങ്ങുമ്പോൾ ഇങ്ങനെ വീഴുമോ അവിടുന്ന് കട്ടായി ചൈതന്യധാര പിന്നെയും എഴുന്നേക്കും അല്ലേ അപ്പൊ ഇവിടുന്ന് എന്തോര ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടെന്നാണ് ആ കണക്ഷൻ കിട്ടുമ്പോൾ എഴുന്നേക്കും കണക്ഷൻ പോയാൽ വീഴും ആരും ഞാനെന്ന് പറയുമ്പോ തലയിൽ തൊടുണ്ടോ ആരെങ്കിലും തൊടുണ്ടോ ഇല്ല അല്ലേ ആരെങ്കിലും ഞാനെന്ന് പറയുമ്പോ ഉത്തമാങ്കം കേരളക്കാർക്ക് വയറാണെന്നാണ് ഉത്തമാങ്കം മനുജന് വയറെന്ന് ശഠിപ്പവർ എന്നാണ് അപ്പൊ വയറ് തൊടുണ്ടോ ഇല്ല കാല് തൊടുണ്ടോ ഇല്ല നിനക്കെട്ട് കൈ പൊന്തിച്ചു കൊണ്ടുവന്ന് ഹൃദയസ്ഥാനത്തിൽ വെച്ച് ഞാൻ എന്ന് ആഫ്രിക്കയിൽ പോയാലും അമേരിക്കയിൽ പോയാലും മുസ്ലിം രാജ്യത്ത് പോയാലും എവിടെ പോയാലും ഒരു അൺകോൺഷ്യസ് സ്പോൺറ്റെയ്ന്യസ് ഇന്ട്യൂഷനാണ് അറിയാതെ എന്തോരറിവ് നമ്മളുടെ ഉള്ളിൽ കടപ്പണ്ട് കൈ കൊണ്ടുവന്ന് ഇങ്ങോട്ട് വയ്ക്കും നാവിക്കുമേലെ ഉരസിന് രണ്ടങ്കുലം തള്ളി വലതുവശത്ത് സ്ഥനത്തിന് ചോട്ടലായിട്ട് കൊണ്ടുവന്ന് വയ്ക്കും ഹൃദയഗ്രന്ഥി സ്ഥാനം എന്നാണ് പറഞ്ഞത് ഹൃദയഗ്രന്ഥിയുടെ സ്ഥാനമാണ് അത്രയത് അതുകൊണ്ടാണ് ആരും പറഞ്ഞു കൊടുക്കാതെ ലോകത്തിലെ ഏത് മൂലയിൽ പോയാലും ഒരാളും ഞാൻ എന്ന് തലയിൽ തൊടാറില്ല ഞാനിന്ന് കാലിൽ തൊടാറില്ല മുതുകത്ത് തൊടാറില്ല കൈ ഇങ്ങനെ മെനക്കെട്ട് കൊണ്ടുവരണ്ടേ അല്ലെ ഒന്ന് ആലോചിച്ച് നോക്കൂ വലിയ പണിയല്ലേ ഇങ്ങനെ തൊട്ടാൽ പോരെ ഞാൻ എന്ന് പറഞ്ഞാൽ പോരെ ഇതിനെ ഞാൻ ഞാൻ എന്ന് പറയണം സ്പോണ്ടേനിയസാണ് സഹജം നിസർഗമാണത് ആ പ്രവൃത്തി അപ്പോ അതിരിക്കട്ടെ അപ്പൊ ഇതൊക്കെ പോയി ലയിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവ്യക്തം ഇതൊക്കെ നമ്മളുടെ കഥയാണ് അത് ഫിലോസഫി പറയാണെന്ന് വിചാരിക്കരുത് ഭഗവാൻ പറഞ്ഞു അങ്ങനെ പറയണു അത്രയേ ഉള്ളൂ രാത്രി ഉറങ്ങുമ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ ഉറങ്ങിയെന്ന് വെച്ചാൽ അവ്യക്തത്വം അവിടെ ശരീരമില്ല മനസ്സില്ല ബുദ്ധിയില്ല അഹങ്കാരമില്ല ഒക്കെ ഒരു ക്ഷണനേരത്തേക്ക് പോയി ബുദ്ധിരവ്യക്തമേ വച്ച് ഇതെല്ലാം ക്ഷേത്രത്തിന്റെ ഒരു ഡയമെൻഷനാണ് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ആദ്യം ഞാൻ എന്ന് പൊന്തും അഹങ്കാര പ്രഥമ മഹാ അഹം പ്രത്യയ ലക്ഷണ മഹാഭൂത കാരണം എന്നാണ് ആചാര്യസ്വാമികൾ ഭാഷയത്തിൽ പറയുന്നത് ഉറങ്ങി എഴുന്നേക്കുമ്പോ ആദ്യം ഞാൻ എന്ന വ്യക്തിബോധം പൊന്തി എന്നിട്ട് ഞാൻ തിരുവനന്തപുരത്താണ് ഇന്ന സ്ഥലത്താണ് എന്നൊക്കെ അറിയാൻ വരിക അല്ലേ ഞാൻ എന്ന് അഹങ്കാരദിച്ചാൽ മനസ് വിരിയും ഇതൊക്കെ ശ്രദ്ധിക്കണം ദിവസം ഉറങ്ങാൻ പോകുമ്പോ ഒരു കാർഡിൽ എഴുതി വെക്കുക ഇങ്ങനെയൊക്കെയാണ് ഋഷികളൊക്കെ തപസ്സ ചെയ്തിരിക്കുന്നത് അല്ലാതെ പുസ്തകം നോക്കിയിട്ടൊന്നുമല്ല അവരെ ശ്രദ്ധിച്ചിട്ടാണ് ഈ വിദ്യ പഠിച്ചിരിക്കുന്നത് നമ്മൾ ആരുടെ അടുത്തും ചോദിക്കാനൊന്നും പോണ്ട ശാസ്ത്രങ്ങളിൽ തന്നിട്ടുള്ള ക്ലൂസൊക്കെ വെച്ചിട്ട് ശ്രദ്ധിക്കുക നമ്മളെ തന്നെ ശ്രദ്ധിക്കുക എല്ലാ ശാസ്ത്രങ്ങളും എവിടുന്ന് വന്നു വേദം എവിടുന്ന് വന്നു ഉപനിഷത്ത് എവിടുന്ന് വന്നു ഒക്കെ ഈ അന്തരാത്മാവാണ് ശാസ്ത്രയോനി സകലശാസ്ത്രങ്ങളുടെയും യോനി ഇവിടെ കിടക്കണോ അല്പം തപസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എല്ലാ അറിവുള്ള വരും ശ്രദ്ധിക്കണം ഉറങ്ങാൻ കിടക്കുമ്പോൾ ശ്രദ്ധിക്കുക എങ്ങനെ ഉറക്കം വരുന്നു ഉറക്കത്തിന്ന് എങ്ങനെ ഉണരുന്നു ആദ്യം ഞാൻ എന്ന അഹങ്കാരം പൊന്തണു പിന്നെ എല്ലാം വിരിയുന്നു അല്ലെ ആലോചിച്ചു നോക്കൂ ഒരു ആ അവ്യക്തം ഒന്നും അറിയില്ല അന്യമായ ആരെയും അറിയാത്തതാണ് ഉറക്കമെന്ന് പറയുന്ന സ്ഥിതി നിദ്ര അല്ലേ ഒന്നും അറിയില്ല അവിടെ അതിന് അവ്യക്തം എന്ന് പേര് അതിലെല്ലാം ചെന്ന് ലയിക്കുന്നു അതിൽ നിന്ന് മനസ്സ് വിരിയുമ്പോൾ ശരീരം പ്രത്യക്ഷപ്പെടുന്നു ശരീരം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ശരീരത്തിലൂടെ ലോകം കുടുംബം കാര്യങ്ങളൊക്കെ കാണുന്നു ഒരു ഒരു മഹാത്മാഹം അദ്ദേഹത്തിന്റെ ഭാര്യ ഇത്തിരി എക്സെൻട്രിക്കാണ് ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിനെ ഇത്തിരി കൃക്കണം അപ്പോ അദ്ദേഹം യാതൊരു വിധത്തിലും ചലിക്കില്ല ഈ അമ്മ ഒരു ദിവസം അദ്ദേഹം വേദം ചൊല്ലിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോ കയ്യിൽ വെട്ടുകത്തിയായിട്ട് വന്നു അപ്പോഴും വളരെ സ്നേഹത്തോടെ ശാന്തമായി അവർ പറയണതൊക്കെ കേട്ട് പതുക്കെ വെട്ടുകത്തിയൊക്കെ വാങ്ങിവെച്ചു തമാശ ഉണ്ടായത് അഷ്ടൗഭുജാംഗിയും മഹിഷസ്യ മർദ്ദിനിയും സസങ്കചക്രം എന്നൊരു സ്തോത്രം ചൊല്ലി ഭാര്യയാണ് ഒരു നമസ്കാരം കൊടുത്തു ആ അമ്മ തന്നെ തനിയെ അടങ്ങിപ്പോയി വെട്ടുകത്തിയൊക്കെ വാങ്ങിവെച്ച് അകത്തുകൊണ്ടാക്കി അപ്പൊ ഈ മഹാത്മാവനോട് അദ്ദേഹത്തിൽ ഒരു ശിഷ്യൻ ചോദിച്ചു ഇതിന്റെ സീക്രട്ട് എന്താ ഇത്രയധികം ഭാര്യ ചീത്ത പറഞ്ഞിട്ടും നിലവിളിച്ചിട്ടും അങ്ങേക്ക് എങ്ങനെ അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് ഒരു വിധത്തിൽ ഞാൻ പഠിച്ചതാണ് ആദ്യമൊക്കെ അവർ ചീത്ത പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും ഞാൻ അകമേക്ക് അടക്കും പിന്നെ പിന്നെ പിന്നെ അത് പതിവായി പിന്നെ അതൊന്നും ശ്രദ്ധിക്കാതായി ഒരു ദിവസം അവർ കാര്യമായി നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ നിലവിളിയുടെ ഇടയിൽ തന്നെ ഞാൻ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി എന്നിട്ട് എഴുന്നേൽക്കുമ്പോ അവര് ഏകദേശമൊക്കെ അവസാനിപ്പിച്ചിരിക്കണം അപ്പൊ എനിക്ക് മനസ്സിലായി ഇന്ന് ദിവസം എന്റെ ഉള്ളിൽ ഒരു വികാരവും ഉണ്ടായില്ല അവരുടെ നിലവിളിയൊന്നും എന്നെ ഏശിയില്ല കാരണം എന്താ ഉറങ്ങിയതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല അപ്പോ ഉറക്കം അന്യവസ്തുക്കളുടെയും അന്യവസ്തുക്കൾ നമ്മളുടെ മേലെ ഏൽപ്പിക്കുന്ന വികാരങ്ങളിൽ നിന്നും രക്ഷ ഒരു ശക്തിയാണ് ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉറങ്ങാമെങ്കിൽ അറിവുകൊണ്ട് ഉറങ്ങാമെങ്കിൽ ലോകം ഒന്നും ബാധിക്കാതെ എനിക്ക് രക്ഷപ്പെടാം ഉറക്കത്തിലെങ്ങനെയോ അതുപോലെ ജാഗ്രത്തിലും പുറത്തു നിന്നുള്ള ഒരു വസ്തുവിനെയും ഞാൻ ഇനി മേലാൽ എന്റെ ഉള്ളിലേക്ക് കയറ്റില്ല എന്നൊരു തീരുമാനം ചെയ്തു ശ്രദ്ധയെ ഉറക്കമെന്ന് വെച്ചാൽ എന്താ ശ്രദ്ധ പുറത്തു പോകണില്ല അല്ലെ ഉള്ളിൽ തന്നെ ലയിച്ചു അതുകൊണ്ട് ഉറങ്ങി അതേപോലെ അല്പം പരിശ്രമിച്ചു അവർ നിലവിളിക്കുമ്പോഴൊക്കെ ഞാൻ തന്നെ എന്റെ ഉള്ളിൽ പറയും ഞാൻ ഉറങ്ങിയാൽ ഇപ്പം ഇവിടെ കിടന്നുറങ്ങിയാൽ ഇവർ പറയണതൊന്നും അറിയില്ല ഇതൊക്കെ അറിയുന്നത് കൊണ്ടാണല്ലോ പ്രതികരിക്കുന്നത് അത് അറിയില്ല എന്ന് തീരുമാനിക്കുക അന്യത്തിനെ അറിയാൻ പാടില്ല സ്വത്തിനെ അറിയണം ഇത് രണ്ടും കൂടി ആയാലേ ഒരു ജീവൻ പൂർണമാവുള്ളൂ നമ്മൾ എന്ത് ചെയ്യണോ സ്വത്തിനെ അറിയുന്നില്ല അന്യത്തിനെ അറിയുന്നു നമ്മളുടെ ഉള്ളിൽ അവ്യക്തനാമിനി പരമേശക്തി അവ്യക്തമെന്നൊരു പരമേശ്വര ശക്തിയുണ്ട് ആ പരമേശ്വര ശക്തി ലോകത്തിനെ അറിയാതിരിക്കാനും ആത്മാവിനെ അറിയാനായിട്ട് ശ്രദ്ധാശക്തിയെ ഉപയോഗിച്ചാൽ ജീവൻ മുക്തനാവും ജ്ഞാനിയാവും നമ്മൾ എന്ത് ചെയ്യണു ലോകത്തിനെ അറിയാൻ നമ്മളുടെ ശ്രദ്ധയെ ഉപയോഗിക്കുകയും നമ്മളെ മറച്ചു കളയാൻ അവ്യക്തി ഉപയോഗിക്കുകയും ചെയ്യണം തലകീഴാം വണ്ടിക്ക് പുറകിൽ കുതിര കെട്ടിയിരിക്കുകയാണ് വണ്ടി എങ്ങനെ പോവും അപ്പോ അവ്യക്തിത്വം എന്നുള്ളത് എല്ലാത്തിനെയും മറയ്ക്കുന്ന ഒരു ശക്തിയാണ് തിരോധാന ശക്തി അതാണ് പലതും മറച്ചുകൾ നമുക്ക് പൂർവ്വജന്മം ഒന്നും ഓർമ്മയില്ലാത്തത് അതുകൊണ്ടാണ് ആ അവ്യക്ത ശക്തി തിരോധാന ശക്തി എന്ന് പറയും ഭഗവാന്റെ തന്നെ തിരോധാന ശക്തി പലരും ചോദിക്കും നമുക്ക് പൂർവജന്മമൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഓർമ്മ വരുന്നില്ല അനുഗ്രഹം കൊണ്ട് ഓർമ്മ തരാത്തതാണ് ഓർമ്മ തന്നാൽ ഭ്രാന്ത് ഈ ജന്മത്തിൽ തന്നെ പഴയ കാര്യം പലതും ഓർമ്മിച്ചാൽ ചിലതൊക്കെ മറന്നാ വേണ്ടില്ല ഞാൻ തോന്നുന്നില്ലേ നമുക്ക് ഓർമ്മിപ്പിച്ചാൽ ദേഷ്യം വരും നമുക്ക് അങ്ങനെയുള്ളപ്പോ കഴിഞ്ഞ ജന്മത്തിൽത്തെ കുരുത്തക്കേടൊക്കെ ഓർമ്മ വന്നാൽ ആലോചിച്ചു നോക്കും ഈ ജന്മത്തിലെ ഇപ്പൊ കുരുത്തം വെച്ച് വരണേ ഉള്ളൂ ചെയ്യുമ്പോ നിശ്ചയമായിട്ടും ഈ ജന്മത്തിൽ കുറച്ചു കാലം മുമ്പ് വൃത്തികേടായിരുന്നതാണ് ഇനിയിപ്പൊ അങ്ങോട്ട് പോയാൽ അതിനേക്കാളും വൃത്തികേടായിട്ടിരിക്കുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് അറിയാതിരിക്കുന്നത് എത്ര വലിയ അനുഗ്രഹമാണ് അത് മാത്രമല്ല കൺഫ്യൂഷനാവും ഒന്നും പിടിക്കിട്ടില്ല ദേശകാലങ്ങൾക്ക് അതീതമാണ് പൂർവജന്മ പുനർജന്മങ്ങളൊക്കെ തലകീഴായിട്ട് തീരും നമ്മുടെ മഹർഷിയോട് വചനാമൃതത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരാൾ ചോദിക്കുന്നു എന്റെ ഒരു ബന്ധു മരിച്ചു രണ്ടു വർഷത്തിനകം അയാൾ വേറെ ഒരിടത്ത് പോയി ജനിച്ചിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കും അതിന്റെ ഉത്തരം കേട്ടാൽ നമുക്ക് തരചുറ്റി പോവും മഹർഷി പറയണത് ജനിച്ചിട്ടുണ്ടാവുമെന്ന് മാത്രമല്ല ചിലപ്പോൾ പത്ത് എഴുപത് വയസ്സുമായിട്ടുണ്ടാവുന്നതാണ് എങ്ങനെ കണക്കാക്കും നമ്മളുടെ ബ്രെയിൻ ടൈം സ്പേസ് കൊണ്ട് ബൗണ്ടാണ് ഇന്ന് സൈക്കോളജിയില് പാരാസൈക്കോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചില് അവരിത്തരം കാര്യങ്ങളെയൊക്കെ ഗവേഷണം ചെയ്യുന്നുണ്ട് അവർക്കും വരുന്ന പ്രശ്നം ഇതാണ് എന്താന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി ഒമ്പത് വയസ്സായ പെൺകുട്ടി പറയും എന്റെ മകൻ പൂർവജന്മത്തിലെ എന്റെ മകൻ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയും ആ കുട്ടിയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ആ വീട് കാണിച്ചു കൊടുക്കും ശരിയാണ് ആ പേര് ഇന്നതാണ് അപൂർവം ചിലർക്കൊക്കെ ഇങ്ങനെ പൂർവ്വജന്മത്തുനിന്ന് ചിലർക്കൊക്കെ അങ്ങോട്ട് കൊണ്ടുവരുവേ അതെന്തോ അവരുടെ തലയിലെടുത്താണ് അങ്ങനെ എന്നിട്ട് അവിടെ ചെന്നിട്ട് അവർ പറയുന്ന പോലെ അലമാറ തുറന്നാൽ പെട്ടിയിൽ പണമുണ്ടാവും അല്ലെങ്കിൽ ആഭരണങ്ങൾ ഉണ്ടാവും ഒക്കെ വ്യക്തമായി പറയും എന്നാ പൂർവജന്മ സിദ്ധാന്തമാണെന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ പുറപ്പെട്ട് അവർക്ക് ഏടാകുടം വരണത് എന്താന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ഒമ്പത് വയസ്സായി അവരുടെ അമ്മ മരിച്ചിട്ട് അല്ലെങ്കിൽ അച്ഛൻ മരിച്ചിട്ട് രണ്ടു വർഷമേ ആയിട്ടുള്ളൂ അപ്പൊ പറയും ഇത് വേറെ എന്തോ ആണ് കാരണം ഇത് കണക്കാക്കാൻ പറ്റില്ല കാരണം രണ്ടു വർഷമേ ആയിട്ടുള്ളൂ നമ്മൾ ഈ ടൈം സ്പേസ് കൊണ്ട് ബൗണ്ടാണ് നമ്മള് കണക്കിന്റെ ലോകത്തിലാണ് ഭഗവാന് കണക്കൊന്നുമില്ല വിവേകാനന്ദ സ്വാമികളോ അടുത്ത് പറയേണ്ടത് ദറ്റ് ഇൻഫിനിറ്റ് ഹു ഈസ് ബ്രെയിൻലെസ് ആസ് ഗിവൺ എസ് ലിറ്റിൽ ലിറ്റിൽ ബ്രെയിൻസ് വിത്ത് വിച്ച് വി ആർ ടോട്ടലി കൺഫ്യൂസ്ഡ് ഈശ്വരൻ ബുദ്ധിക്ക് അതീതനാണ് സർവജ്ഞനാണ് സർവശക്തനാണ് പക്ഷെ നമ്മള് നമ്മളുടെ ബ്രെയിൻ കൊണ്ട് ലിമിറ്റഡാണ് നമ്മളുടെ അറിവ് പരിമിതമാണ് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ബുദ്ധി ഹി അവ്യക്തമേ വെച്ച് എല്ലാം ലയിക്കും അവിടെ നിന്ന് പൊന്തി വരും ഈ ക്ഷേത്രത്തിൽ എന്തൊക്കെ വികാരങ്ങളുണ്ട് ഇനിയും ക്ഷേത്രത്തിനെക്കുറിച്ച് തന്നെയാണ് പറയണത് ആത്മഗുണങ്ങൾ എന്ന് വൈശേഷികന്മാര് പറയും അതിനെ ക്ഷേത്ര ഗുണങ്ങളായിട്ട് പറയുന്നു അതും ക്ഷേത്രത്തിന്റെ ഉള്ളിൽപ്പെട്ടതാണ് അടുത്ത ശ്ലോകം നോക്കൂ ഇച്ഛാദ്വേഷസുഖം ദുഃഖം സംഘാതശ്വേതാധൃതി ഏതക്ഷേത്രം സമാസേന സവികാരമുദാഹൃതം സുഖാത്മകം അർത്ഥം ഉപലബ്ധവാൻ പൂർവം പുനഃ തജ്ജാതീയും സമുപലഭവാനം അർത്ഥം സമാധാത്തും ഇച്ഛതി ഏതൊന്നാണോ നമുക്ക് സുഖം തന്നത് ആ വസ്തു പിന്നെയും വേണം എന്നുള്ള ഒരു പ്രവൃത്തിക്കാണ് ഇച്ഛ എന്ന് പറയുന്നത് ഡിസയർ ക്രേവിംഗ് തൃഷ്ണ എന്നൊക്കെ പറയാം ഇച്ഛ ക്ഷേത്രത്തിന്റെ സ്വഭാവമാണ് ആഗ്രഹം ഇച്ഛ ം ദ്വേഷച്ചാൽ എനിക്ക് വിഷമിപ്പിച്ച വസ്തുക്കൾ ഇനിമേലാൽ എനിക്ക് വരരുത് സുഖിപ്പിക്കുന്ന വസ്തുക്കൾ വരണം എന്നെ വിഷമിപ്പിക്കുന്ന വസ്തുക്കൾ വരരുത് രണ്ടും എനിക്ക് നിർബന്ധമുണ്ട് സുഖിപ്പിക്കുന്ന വസ്തുയാണെങ്കിൽ വരണം വേണ്ടില്ല എത്ര കിട്ടിയാലും വേണ്ടില്ല വിഷമിപ്പിക്കുന്ന വസ്തുവാണെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞാലേ പേടി ഇത് വരാതിരിക്കണം സുഖിപ്പിക്കുന്ന വസ്തുക്കൾ വരുമ്പോ ആരെങ്കിലും ഒക്കെ പോയിട്ട് ജോത്സ്യന്റെ അടുത്ത് പോയിട്ട് കുറെ കാലമായിട്ട് വളരെ സൗഖ്യമായിട്ടിരിക്കണം എന്താ കാരണം ചോദിക്കയില്ല അതുകൊണ്ട് ജോത്സ്യന്റെ പണിയും വളരെ എളുപ്പമാണ് ആര് വരുമ്പോഴും തിരി വിഷമുണ്ട് സത്യമാണ് അല്ലെങ്കിൽ എന്തിനു ഇയാളുടെ അടുത്തേക്ക് ഇപ്പൊ വരണം ഇത്തിരി വിഷമമുണ്ട് സാരല്ല കാര്യമൊക്കെ ശരിയായിക്കോളും ഒരു പത്ത് വർഷം ഈ വിഷമം പോകും ഇങ്ങനെ അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ പിന്നെ അത് പ്രാക്ടീസ് ആയിക്കോടും അതില്ലാതെ പറ്റിക്ക അതിന്റെ ഇടയിൽ ചിലപ്പോ കാഞ്ഞുപോയാലും ആയി അപ്പോ സുഖം വരുമ്പോ ഒരാളും പരിഹാരം അന്വേഷിക്കാറില്ല മഹർഷിയുടെ ടോക്സിൽ ഒരിടത്ത് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഞാൻ ആത്മാവാണെങ്കിൽ എനിക്ക് ദുഃഖം വരണോ മഹർഷി തിരിച്ചു ചോദിക്കണത് സുഖം വരുമ്പോ നീ എന്തുകൊണ്ട് ഈ ചോദ്യം ചോദിക്കണില്ല എത്രയോ സുഖം തന്നു ജീവിതത്തിൽ അല്ലെ ഒത്തിരി ദുഃഖം വരുമ്പോഴാണ് സകലതും പ്രശ്നമാവുന്നത് ധാരാളം പണം തരുമ്പോഴൊക്കെ വാങ്ങിച്ചു നല്ല ജോലി കിട്ടിയപ്പോ വാങ്ങിച്ചു വെച്ചു സ്വീകരിച്ചു എവിടെയോ ഒരു പിഴ വന്നപ്പോ എന്ത് കാര്യം ഗുരുവായൂരപ്പൻ നാരായണീയം ചൊല്ലി ഗുരുവായൂരപ്പന് പൂജ ചെയ്തു നാമം ചൊല്ലി ഇതാണ് ഇപ്പോൾ അവസാനം കിട്ടിയത് അപ്പോ ഇച്ഛാദ്വേഷ മനുഷ്യന്റെ ഇൻഗ്രെയിൻഡ് ഹാബിറ്റാണ് ഇതൊന്ന് തല കീഴായിട്ടിട്ടാൽ ഗുണമുണ്ടാവും മനുഷ്യന് ഇതിന്റെ പാറ്റേൺ ഒന്ന് മാറ്റിയിട്ടാൽ മതി അതായത് ദുഃഖം വരുമ്പോ സ്വീകരിക്കുക സുഖം വരുമ്പോ ആസക്തനാവാതെ മാറി നിൽക്കുക അപ്പൊ ക്ഷേത്രത്തുനിന്ന് വിട്ടുവരും ക്ഷേത്രത്തിൽ നമ്മൾ ഒട്ടണത് ഇച്ഛയെ അംഗീകരിക്കുകയും ദുഃഖത്തിനെ വെറുക്കുകയും ചെയ്യുമ്പോ ക്ഷേത്രത്തിൽ നിന്ന് പിരിയാൻ പറ്റില്ല ഇച്ഛ ദ്വേഷ സുഖവസ്തുക്കൾ വരുമ്പോ ഇരിക്കട്ടെ വന്നോട്ടെ അതിൽ രസിച്ചാൽ രസത്തിന്റെ ഒരു സംസ്കാരം നിൽക്കുകയും പിന്നീട് അത് വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയും നമുക്ക് കിട്ടിയിട്ടുള്ളത് പോകുമോ എന്നുള്ള ഭയം ഉണ്ടാവുകയും അതിനെ ആരെങ്കിലും നമ്മളുടെ അടുത്ത് നിന്ന് എടുക്കാൻ കോപം ഉണ്ടാവുകയും ചെയ്യും അപ്പൊ ഇച്ഛ ഇച്ഛയും ദ്വേഷവും ആർക്കില്ലയോ അവൻ സന്യാസിയാണ് എന്നാണ് ഭഗവാന്റെ സന്യാസിയുടെ ഡെഫനിഷൻ യോ ന ദ്വേഷ്ഠി നെയ്യസ് സനിത്യസന്യാസി യോ നദ്വേഷി നക്ഷതി ഒന്നും ദ്വേഷിക്കുന്നുമില്ല വരണമെന്ന് ആകാംക്ഷിക്കുന്നു കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെയിരിക്കണം അപ്പൊ ഇച്ഛ ദ്വേഷ സുഖം ദുഃഖം സുഖത്തിനോട് ഇച്ഛയും ദുഃഖത്തിനോട് ദ്വേഷവും സംഘാത സംഘാതം എന്ന് വെച്ചാൽ എല്ലാം കൂടെ കൂടിച്ചേർന്നത് ശരീരം തന്നെ ചേതന അതിനകത്ത് മനസ്സോടുകൂടി ഞാൻ എന്നുള്ള അഹങ്കാരും ചിജട ഗ്രന്ഥി ധൃതി ജീവിക്കാനുള്ള ആഗ്രഹം അംബീഷൻ വിൽപവർ സംഘാതശേതനാ ധൃതി ഏത ക്ഷേത്രം സമാസേന ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് ക്ഷേത്രം എന്ന് പറയുന്നത് സവികാരമുദാഹൃതം ഇനിയിപ്പോ ക്ഷേത്രത്തിൽ നിന്നും എങ്ങനെ പുറത്തുവരും ഈ ക്ഷേത്രത്തിന്റെ പിടിയിൽ നിന്നും ജീവൻ വിമുക്തമാവാൻ ക്ഷേത്രജ്ഞനെ അറിയാൻ ആത്മസാക്ഷാത്കാരം നേടാൻ അഥവാ ഭഗവത് അനുഭവം ഉണ്ടാവാൻ ക്ഷേത്രജ്ഞൻ ഭഗവാനാണല്ലോ ഭഗവത് സാക്ഷാത്കാരം നേടാൻ എന്താണ് വഴി എന്ന് വെച്ചാൽ അതിന് ചില ജ്ഞാനസാധനകളെ ഭഗവാൻ എടുത്ത് ഒന്നൊന്നായിട്ട് എണ്ണി പറയാ സാധനകളൊക്കെ ആദ്യം നോക്കാം ലക്ഷണങ്ങൾ ആത്മഗുണങ്ങൾ ഈ ആത്മഗുണങ്ങളെ ഒന്നൊന്നായി എടുത്ത് പറയാണ് ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാമെങ്കിൽ പതുക്കെ പതുക്കെ ശാന്തി വരും ചുരുക്കത്തിൽ നിവൃത്തി പ്രവൃത്തി എന്ന് വെച്ചാൽ മനസ്സിന്റെ ബഹിർമുഖമായ എക്സ്ട്രോവേർഷനാണ് പ്രവൃത്തി മനസ്സ് ബഹിർമുഖമാവന്തോറും എന്റെ വാനിറ്റി അഹങ്കാരം ബലപ്പെട്ടുകൊണ്ടേയിരിക്കും അത് ശക്തിയുടെ മാർഗമാണ് പവറിന്റെ മാർഗമാണ് അവിടെ ഞാനൊന്നും എന്റെ എന്നുള്ളതിനും വളരെ പ്രബലമുണ്ട് പ്രേയസ് എന്നും ഉപനിഷത്ത് അതിന് പറയണം അത് അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ ലോകത്തിൽ ജീവിക്കുന്നത് നമ്മളുടെ വിദ്യാഭ്യാസവും നമ്മളുടെ ചിന്തനയും എല്ലാം തന്നെ ജന്മജന്മങ്ങളായി പരിശീലിച്ചു വന്നിരിക്കുന്നതൊക്കെ ഞാനും എന്റെയും എന്നുള്ളത് ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് സമൂഹത്തിന്റെ സെറ്റപ്പും അങ്ങനെയാണ് ഗവൺമെന്റും അങ്ങനെയാണ് അതുകൊണ്ട് പ്രവൃത്തിയാണ് ചുറ്റും അതിൽ പവറുണ്ടാവും ഈഗോ ബലപ്പെടും തോറും കൂടുതൽ പ്രബലനാവും ശക്തിയുടെ മാർഗമാണ് പ്രേയസിന്റെ മാർഗമാണ് മറ്റേത് ഭഗവാൻ പറയണത് ഇനി പറയണത് ശാന്തിയുടെ മാർഗമാണ് ശാന്തി എല്ലാത്തിനും വിട്ടു പിന്നാലെ നിൽക്കും ബാക്കിൽ നിൽക്കും ആർക്ക് എന്തും കൊടുത്തിട്ട് നിൽക്കും പക്ഷെ അതിൽ പ്രബലമായ ശക്തിയുണ്ട് ഒന്ന് പ്രഹ്ലാദനെയും ഒന്ന് ഹിരണ്യകശിപുവിനെയും ഉദാഹരണമായിട്ട് വെച്ചാൽ മതി ഹിരണ്യകശിപു ശക്തിയുടെ പ്രതീകമാണ് എല്ലാം നേടിയെടുത്തു പ്രഹ്ലാദൻ ഒന്നും നേടിയെടുത്തില്ല ഒന്നും നേടിയെടുത്തില്ല ധ്രുവൻ തപസ് ചെയ്ത് നേടിയെടുത്തു പ്രഹ്ലാദൻ തപസ് ചെയ്തതായിട്ട് പോലും ഭാഗവതം ഒരിടത്തും പറഞ്ഞില്ല ഒരു തപസ് ചെയ്തില്ല പ്രഹ്ലാദൻ പുറമേക്ക് ഒന്നും ചെയ്തില്ല ഗർഭത്തിൽ കിടക്കുമ്പോ തന്നെ നാരദന്റെ കൃപയ്ക്ക് പാത്രമാവുകയും അറിയേണ്ടത് അറിയുകയും ചെയ്തു അറിവും ബുദ്ധി അതുമാണ് ആശ്ചര്യം അവിടെ ബുദ്ധി കൊണ്ടല്ല ആത്മജ്ഞാനം വരേണ്ടതെങ്കിൽ ഗർഭത്തിൽ കിടക്കുന്ന ഒരു കുട്ടിക്ക് ബ്രെയിൻ മെച്യോറായിട്ടുണ്ടാവുമെന്ന് ഒരു ശാസ്ത്രം അറിയുന്ന ആളുകൾക്കും പറയാൻ പറ്റില്ല ബ്രെയിനുകൊണ്ട് ഗ്രഹിക്കുന്ന കാര്യം ബ്രെയിൻ വീക്കാവുമ്പോൾ പോയി പോകും അങ്ങനെയുള്ള ജ്ഞാനം എനിക്ക് എങ്ങനെ വയസ്സുകാലത്ത് പ്രയോജനപ്പെടും ബ്രെയിനുകൊണ്ടാണ് ജ്ഞാനം വരണതെങ്കിൽ ബ്രെയിൻ വീക്കാവുമ്പോൾ ജ്ഞാനവും പോകും പ്രഹ്ലാദന നാരദ മഹർഷി ഗർഭത്തിൽ തന്നെ ദേഹം ഞാനല്ലെന്നും ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾക്ക് സാക്ഷിയായിട്ടുള്ള അവബോധമാണ് ചേതനയാണ് താനെന്നും അതിനാത്മാവെന്നും പുരുഷനെന്നും പറയുന്നുവെന്നും അത് തന്നെ സാക്ഷാത് വാസുദേവനെന്നും ഒക്കെ നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു ആറ് ലക്ഷണങ്ങൾ കൊണ്ട് ദേഹത്തിനെയും പന്ത്രണ്ട് ലക്ഷണങ്ങൾ കൊണ്ട് ചൈതന്യത്തിനെയും ബോധിപ്പിച്ചു കൊടുത്തു കയാതുവിനാണ് പറഞ്ഞുകൊടുത്തത് പക്ഷെ ഉള്ളിലിരിക്കുന്ന ശിശുവിന് ഞാനുണ്ടായി ജ്ഞാനം ഉണ്ടാവാൻ കാരണം ഉപദേശമല്ല ഞാ നാരദന്റെ സാന്നിധ്യമാണ് നാരദൻ കയാതുവിനെ അടുത്തിരത്തി താൻ സ്വയം സമാധി നിഷ്ഠനായിരുന്നു ഒരു ജ്ഞാനീ ബ്രഹ്മവിദ്യ പറയുമ്പോൾ ദേഹമായിരുന്നു കൊണ്ടല്ല പറയണത് മനസ്സായിരുന്നു കൊണ്ടല്ല പറയണത് ഒരു പേഴ്സണാലിറ്റിയായിട്ടിരുന്നു കൊണ്ടല്ല പറയണത് സ്വയമേവ ജ്ഞാനസ്വരൂപമായി തന്നെ ഇരുന്നുകൊണ്ട് അതാണ് അനന്യപ്രോക്തേ ഗതിരത്ര നാസ്തി അനീയാൻഹി അതർക്കമണുപ്രമാണാത്ത് എന്ന് ഉപനിഷത്ത് പറയണത് പറയുന്ന ആള് ബ്രെയിൻ സെന്ററിൽ നിന്നോ മൈൻഡ് സെന്ററിൽ നിന്നോ പറഞ്ഞാൽ കേൾക്കുന്നവന് അത് പ്രയോജനപ്പെടില്ല എന്ന് പറയുന്ന ആള് സ്വയം സ്വരൂപത്തിൽ ഇരുന്നുകൊണ്ടാണ് പറയണതെങ്കിൽ അയാള് പറയണത് മനസ്സിലായിട്ടില്ലെങ്കിലും കേൾക്കുന്നവന് ഹൃദയത്തിലാവും അങ്ങനെയൊരു ഏർപ്പാടാണ് അപ്പൊ നാരദൻ പറഞ്ഞത് ഈ കുട്ടി ഗർഭത്തിലിരിക്കുന്ന കുട്ടി കേൾക്കുമോ അഥവാ കേട്ടാൽ അതിന് ഭാഷ മനസ്സിലാവുമോ ഇനി പുറത്തു വന്നിട്ട് വേണ്ടേ തറാ പറ തുടങ്ങേണ്ടത് ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് ഭാഷ മനസ്സിലാവുമോ ബ്രെയിൻ വാക്കുകൾ മനസ്സിലാവുമോ പിന്നെ എങ്ങനെ ഗ്രഹിച്ചു നാരദൻ അവിടെയാണ് ഫലിച്ചത് നാരദ മഹർഷിക്ക് വേദാന്തം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പാവം ഈ അനുഭവിക്കുന്നവർക്കൊക്കെ അത് എല്ലാവർക്കും കൊടുക്കണം എന്ന ആഗ്രഹം ഉണ്ടാവേ തമിഴിൽ ഒരു സിദ്ധൻ പാടി യാൻ പെറ്റ ഇൻപം പെരുകയും വയ്യകം ഞാൻ എനിക്ക് കിട്ടിയ ആനന്ദം എല്ലാവർക്കും കിട്ടട്ടെ എന്നൊക്കെ അദ്ദേഹം പാടി പക്ഷെ അത് സാധ്യമല്ല സിദ്ധന്മാരൊക്കെ അവസാനം വിഷമിക്കും കാരണം ആരും കേൾക്കണില്ല മനസ്സിലാക്കണില്ല അപ്പൊ നാരദ മഹർഷിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം അദ്ദേഹം വയസ്സായ ആളുകളെയൊക്കെ പിടിച്ചു അവർക്കൊക്കെ റിട്ടയർ ആയിക്കഴിഞ്ഞു അതുകൊണ്ട് ിയൊക്കെ അവര് കേട്ടുകൊള്ളും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കിക്കൊള്ളും ലോകത്തിൽ ജീവിച്ചു കഴിഞ്ഞതാണല്ലോ അതുകൊണ്ട് അവർക്കൊക്കെ വിവേകം വന്നിട്ടുണ്ടാവും എന്നൊരു വലിയ തെറ്റിദ്ധാരണയോടുകൂടെ അവരെയൊക്കെ പിടിച്ചിരുത്തിയിട്ട് അദ്ദേഹം ക്ലാസ് എടുത്തു അവരൊക്കെ ഇങ്ങനെ തലയാട്ടി ഗംഭീരമായിട്ടുണ്ട് എന്ന് പറഞ്ഞു നാരദനെടുത്ത് പറഞ്ഞു നിങ്ങൾ നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തു നാരദന് തൃപ്തിയായില്ല ശരി ഇനി ഒരു യങ്സ്റ്റേഴ്സ് യൂത്ത് വിങ് തുടങ്ങണം എന്ന് നാരദൻ കുറെ ചെറുപ്പക്കാരെയൊക്കെ പിടിച്ചു ബോധിപ്പിച്ചു ശബളാശന്മാർ ഹരിയശ്വന്മാർ അവരെയൊക്കെ പറഞ്ഞു പത്തായിരവും പത്തായിരവും ഇരുപതിനായിരം ചെറുപ്പക്കാർ കിട്ടി ആ ഇരുപതിനായിരം ചെറുപ്പക്കാർക്കും പറഞ്ഞു കൊടുത്തു അവരെവിടെയോ തപസനൊക്കെ പോയി പാവവും ഒരു ശാപവും വാങ്ങിച്ചു ദക്ഷന്റെ കൈയിൽ നിന്ന് കാരണം ഈ പത്തായിരം പേർക്കും പറഞ്ഞു കൊടുത്തു ഇരുപതിനായിരം പേർക്ക് പറഞ്ഞു കൊടുത്തു അവരൊക്കെ പിന്നെ എന്തായി എന്ന് അറിയില്ല നാരദൻ പ്രതീക്ഷിച്ച രീതിയിൽ ഉയർന്നു വന്നതായിട്ട് കാണാനില്ല അപ്പൊ നാരദൻ പിന്നെയും പോയി ചെറിയ കുട്ടികളായിരിക്കുമ്പോ പിടിക്കണം കൊച്ചു ബാല്യത്തിൽ പിടിക്കണം അങ്ങനെ ആരെങ്കിലുമൊക്കെ കിട്ടുമോ അപ്പൊ കുട്ടികളൊക്കെ നഴ്സറി സ്കൂളിൽ പോയിട്ട് കുട്ടികളൊക്കെ എങ്ങനെ കിട്ടും അപ്പോഴുണ്ട് ഒരു ചിമിട്ട് പോണു അഞ്ചു വയസ്സ് കുട്ടി ധ്രുവൻ എവിടേക്കാ പോണ് ഞാൻ തപസ് ചെയ്യാൻ പോവാണ് നീ തന്നെ കുട്ടി നല്ല കുട്ടി വരൂ ഞാൻ പറഞ്ഞുതരാം എന്തിനാപ്പൊ തപസ് ചെയ്യാൻ പോണത് എന്റെ ചിറ്റമ്മ എന്നെ ചീത്തൊളിച്ചു എനിക്ക് തപസ് ചെയ്ത് ഉത്തമസ്ഥാനം നേടണം യോ കുട്ടി അപമാനം ബഹുമാനം ഇതൊക്കെ സമമായിട്ടെടുക്കണം എല്ലാം ഭഗവത് കൃപ കൊണ്ടാണ് വരണത് തലയിൽ ഇങ്ങനെ കൈവെച്ചു നേരത്തിൽ അത് അത്യപകടമായ കാര്യമാണ് കാരണം സാധുക്കള് അങ്ങനെ കൈ തലയിൽ വെച്ചാൽ തമിഴിൽ ഒരു ചൊല്ലുണ്ട് തലയെ തടവരുത് തല തടവുക എന്ന് പറഞ്ഞാല് ആളെ ബോണ്ടിയാക്ക എന്നാണ് അർത്ഥം അപ്പൊ കുട്ടിയുടെ തലയിൽ കൈവച്ചിട്ട് നാരദൻ പറഞ്ഞു ധ്രുവന്റെ അടുത്ത് അപമാനം സമ്മാനവും സമമായിട്ടെടുക്കുക എതിർച്ചയാ ജീവിതത്തിൽ വരുന്നതൊക്കെ സ്വീകരിക്കുക അതുകൊണ്ട് ശാന്തി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു ധ്രുവൻ പറഞ്ഞു നാരദരെ അങ്ങ് പറയണതൊക്കെ എനിക്ക് മനസ്സിലാകണുണ്ടെങ്കിലും എനിക്ക് ഏൽക്കാൻ പറ്റണില്ല കാരണം ഞാൻ ക്ഷത്രിയ വംശത്തിൽ ജനിച്ചവരാണ് എനിക്ക് അപമാനം സഹിക്കവയ്യ പച്ചമുളക് എരിവ് കൂടുതലാണതിന് അപ്പോ നാരദൻ പറഞ്ഞു ശരി പോ തപസ് ചെയ്യും മധുവനത്തിൽ പോയി തപസ് ചെയ്യും ധ്രുവൻ കരയുന്നുണ്ട് നാരദൻ വഴിയിൽ വെച്ച് പറഞ്ഞത് കേൾക്കാൻ എന്റെ അഹങ്കാരം എന്നെ സമ്മതിച്ചില്ലല്ലോ സാക്ഷാത് ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് വന്നിട്ട് പോലും എനിക്ക് ഭവച്ഛിതം അയാചേഹം ഭവം ഭാഗ്യവിഭജിത ഞാൻ ഘോരമായി ക്ഷത്രിയവംശത്തിൽ ജനിച്ചിട്ട് എനിക്ക് എന്റെ രജോഗുണം എന്നെ വിട്ടുപോയില്ലോ എന്നൊക്കെ ധ്രുവൻ കറിയുന്നുണ്ട് നാരദൻ പറഞ്ഞു ഈ അഞ്ചു വയസ്സ് കുട്ടിക്ക് ലോക സംബന്ധം വരണം ഞാൻ എങ്ങനെ ശുദ്ധമായി ഞാൻ ആർക്ക് പറഞ്ഞു കൊടുക്കും ഗർഭത്തൊന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് പിടിക്കണം ഇറങ്ങിക്കഴിഞ്ഞാൽ അപകടമാണ് അതുകൊണ്ട് പുറത്തു വരുന്നതിന് മുമ്പ് പിടിക്കണം അങ്ങനെ ആരെ പിടിക്കും ആരെങ്കിലും കിട്ടുമോ ഇതാ കയാതു പോകുന്നു ഹിരണ്യകശപുവിന്റെ ഭാര്യ കുട്ടിക്കൊണ്ടുപോയി കൊണ്ടു ചെന്നിരുത്തി പറഞ്ഞുകൊടുത്തു അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു അമ്മയൊക്കെ ഉറങ്ങിപ്പോയി അയാതും അകത്തിരിക്കുന്ന ആ ബീജം നാരദന്റെ സാന്നിധ്യത്തിനെ പിടിച്ചെടുത്തു ചൈതന്യത്തിനെ തന്നിലേക്ക് ആകിരണം ചെയ്തു ഒരു തരത്തില് വിവേദീക്ഷ ഉണ്ടായി അവിടെ വേദനം ചെയ്യപ്പെട്ടു നാരദനിലുള്ള ബീജം പ്രഹ്ലാദനിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെട്ടു കുട്ടി ജനിക്കുമ്പോ പ്രഹ്ലാദനായിട്ട് ആര് നാരദൻ തന്നെ വെച്ച പേരായിരിക്കണം കാരണം ജനിക്കുമ്പോ തന്നെ പ്രകർഷേണ ആ ഹ്ലാദിനീ ശക്തി വെച്ചാൽ നമ്മളുടെ ഒക്കെ നാച്ചുറൽ സ്റ്റേറ്റ് ആണത് സന്തോഷമായിട്ടിരിക്കുക ആനന്ദമായിട്ടിരിക്കുക അതിനാണ് ഹ്ലാദം ആ ഹ്ലാദം ശക്തി ആത്മാവിന്റെ തന്നെ ശക്തിയാണ് മനസ്സല്ല മനസ്സിന് സന്തോഷമായിട്ടിരിക്കാനേ പറ്റിയ സന്തോഷമായിട്ടിരുന്നാൽ തന്നെ മനസ്സ് ഡൌട്ടിയും ദുഃഖമായിട്ടിരിക്കാൻ മനസ്സിനെ നമുക്ക് സമ്മതമാണ് മനസ്സിന് ശോകത്തിനോട് സമ്പർക്കണ്ട് ആനന്ദത്തിനോട് സമ്പർക്കല്ല ആനന്ദം മനസ് എന്നല്ല വരുന്നത് ചിത്ശക്തി എന്നാണ് വരുന്നത് അത് നമ്മളുടെ സ്വരൂപമാണ് അതാണ് കുട്ടികളൊക്കെ സന്തോഷം വരുമ്പോൾ തുള്ളിച്ചാടുന്നതും ആനന്ദം ഉണ്ടാവണം അവരെ പോലെ ആനന്ദിക്കാൻ നമുക്ക് പറ്റില്ല നമ്മൾ പഠിപ്പിച്ച അവരെയൊക്കെ നമ്മളെപ്പോലെ ആക്കിയാലേ നമുക്ക് സമാധാനമാവും അങ്ങനെ പോയാൽ അപ്പോ ആനന്ദം ആത്മാവിന്റെ സ്വരൂപമാണ് പ്രഹ്ലാദൻ ആനന്ദത്തോടെ ജനിച്ചതുകൊണ്ടാണ് പ്രഹ്ലാദൻ എന്ന് നാരദൻ പെരുവച്ചത് അപ്പൊ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ആത്മാവന്റെ സ്വരൂപം ആനന്ദമാണ് അതിനെ നാരദൻ പ്രഹ്ലാദനും ഗർഭത്തിലിരിക്കുമ്പോ തന്നെ ആ ചൈതന്യത്തിനെ ബോധിപ്പിച്ചു കൊടുത്തു സുഖദുഃഖങ്ങൾക്ക് അതീതമായ ആ സത്യത്തിനെ തന്നിൽ അറിഞ്ഞനുഭവിക്കാൻ നിവൃത്തി നിവൃത്തി അവിടുന്നാണ് നമ്മൾ വന്നത് मतपरा निवृत्तिर्म आचृति मन बहिर्मुखपे शांति अंगीक प्रह्लाद शक्ति अंगीक हिण्यकशिपु एल ते जु कई चुरीपड़ू हिण्यकशिपु एल वि कईगूप प्रह्लादान आर जु महाशक्तन हिण्यकशिपु ദേവന്മാരെ പോലും കിടകിടാ ഉറപ്പിച്ച ഹിരണ്യകശിപ്പു ഈ കുട്ടിയെ കണ്ട് ആശ്ചര്യപ്പെടുകയാണ് എവിടുന്നാ തനിക്ക് ഈ ബലം എന്ന് ചോദിക്ക ഈ കുട്ടി ഒരു ബലവും പ്രയോഗിച്ചിട്ടില്ല അനങ്ങിയിട്ടില്ല അയാളാണ് ശൂലം കൊണ്ട് കുത്തുവെന്നും മലയുടെ മേലെ നിന്നു ഉരുട്ടുവെന്നും വേഷം കൊടുക്കൂ എന്നും ഒക്കെ പറഞ്ഞത് കുട്ടി ശാന്തമായിട്ട് നിന്നു ഒരു ചലനമില്ല നിശ്ചലമാണ് അപ്പൊ ഹിരണ്യകശിപ്പു ചോദിക്കുന്നു കസ്തേ ബലം തനിക്ക് എവിടുന്നാടാ ബലം പ്രഹ്ലാദൻ പറഞ്ഞു ബലം എന്റെ കയ്യിൽ ഇല്ല അച്ഛ ബലം എന്റെ കയ്യിൽ വെച്ചാൽ ഞാൻ ദുർബലരായി പോവും ബലത്തിന്റെ കയ്യിലാണ് ഞാൻ അതുകൊണ്ടാണ് എന്റെ ബലം ബലത്തിന്റെ കൈയിൽ നമ്മളായാൽ ബലവാന്മാരും ബലം നമ്മളുടെ കയ്യിലായാൽ നമ്മൾ ദുർബലരുമായിട്ട് തീരും ബലത്തിന്റെ കയ്യിൽ നമ്മളാവണമെങ്കിൽ ഞാനില്ലാതിരിക്കണം നാൻ ഒതിയാതുള്ള നില നാം അതുവായുള്ള നില സത്യാസ്ഥിതി ിയത്ര അത് സോഴ്സ് ഓഫ് ഓൾ പവേഴ്സ് ആണ് ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമേഹ തോന്നുന്നതാകിൽ അഖിലം താനിതെന്ന വഴി തോന്നേണമേ വരതനാരായണ എന്ന എല്ലാ ബലവാനും ആ ശാന്തിയുടെ മുമ്പിൽ അടങ്ങിപ്പോകും അത് വളരെ പ്രബലമാണ് ആ ബലം ശാന്തി ശാന്തൻ ദുർബലനെ പോലെ തോന്നുമെങ്കിലും അയാളാണ് ഏറ്റവും ബലമുള്ളവൻ അയാളുടെ ബലം സമൃദ്ധമാണ് സമുദ്രസേവ ഗാംഭീര്യം ശ്രീരാമചന്ദ്രനെ പറയുന്നത് അങ്ങനെയാണ് ആഴമുള്ള സ്ഥലത്ത് അലയില്ലാതെ നിൽക്കുന്ന ആഴി പോലെ ശാന്തിയുടെ സ്വരൂപമാണ് അപ്പോ പ്രഹ്ലാദന് ശാന്തിയും ഹിരണ്യകശപുവിന് ശക്തിയുമാണ് ഒന്ന് പ്രേയസും ഒന്ന് ശ്രേയസുമാണ് ശ്രേയസ് ശാന്തിയാണ് പ്രേയസ് ശക്തിയാണ് ഒന്ന് പവറാണ് ഒന്ന് പീസാണ് നമ്മളുടെ മുമ്പിൽ വന്നാൽ നമ്മൾ സാധാരണ പവറെ എടുക്കുള്ളൂ എല്ലാവർക്കും പവറാണ് വേണ്ടത് ലോകത്തിൽ അറിവുള്ളവൻ തീരുമാനിക്കണു എനിക്ക് ശാന്തി മതി ശ്രേയോ വ്രണീതേ എനിക്ക് ശാന്തി മതി പവറൊക്കെ ആരും വണങ്ങിയെടുത്തോട്ടെ ഞാൻ സമാധാനമായിട്ടിരിക്കാം ആ സമാധാനത്തിന്റെ മാർഗത്തിനെ ഭഗവാൻ ഇനി വർണ്ണിച്ചു തുടങ്ങുകയാണ് നിവൃത്തിധർമ്മത്തിനെ അതൊക്കെ അംഗീകരിച്ചാൽ ജീവന് ഉള്ളിലുള്ള സത്യം തെളിഞ്ഞുകിട്ടും ആ ലക്ഷണങ്ങളൊക്കെ നോക്കുക അടുത്ത ശ്ലോകം നോക്കൂ അമാനിത്വമതംഭിത്വം അഹിംസാക്ഷാന്ജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമാത്മവിനിഗ്രഹ ഇന്ദ്രിഷ വൈരാഗ്യം അനഹംകാര ചന്മമൃത്യുജാവധി ദുഃഖദോഷാണുദർശനം അസക്തിരനഭിഷ പുത്രഗൃഹാതിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപത്തിഷു ഇത്രയും അവിടെ നിൽക്കട്ടെ ഇതൊക്കെ ആത്മഗുണങ്ങളാണ് നമ്മൾ തപസ് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെയാണ് തപസ് ചെയ്ത് വളർത്തേണ്ടത് ആദ്യമായിട്ട് പറയണം ഭഗവാൻ ആദ്യം പറയുന്ന ക്വാളിറ്റി അമാനിത്വം ആണ് എന്നുവെച്ചാൽ ആത്മശ്ലാഘനം ഇല്ലായ്മ എന്നാണ് ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ അതിന് പറയണത് നമ്മള് രണ്ടുപേരായിട്ട് സംസാരിച്ചാൽ സാധാരണ എന്തു ചെയ്യും അൺകോൺഷ്യസ് ആയിട്ടെങ്കിലും നമുക്ക് വരുന്ന കാര്യം ആരുടെങ്കിലും തല ഉരുട്ടണം നമ്മളെ കുറിച്ച് സ്തുതിച്ചു കൊണ്ടേയിരിക്കണം നമ്മളെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തിക്കൊണ്ടേയിരിക്കണം ആത്മശ്ലാഘനം മാനം ആ ശ്ലാഘനം ഒക്കെ ആർക്ക എനിക്കാണ് ശരീരത്തിലാണല്ലോ സ്തുതി കിട്ടും തോറും മഹാഭാരതത്തിൽ ഭീഷ്മരടുത്ത് പറയുന്നു അസമ്മാനാ തപോവൃദ്ധി സമ്മാനാത്വ തപഃക്ഷയ നമ്മളെ ആളുകള് പുകഴുത്തും തോറും തപസ് ക്ഷയിക്കുന്ന തപസ് ക്ഷയിക്കും പറയാൻ കാരണം അഹങ്കാരത്തിനോട് സംബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും ആ പ്ലഷർ എവിടുന്നാ വരുന്നത് സ്തുതിക്കുമ്പോ ഒരു പ്ലഷർ ഒരു സുഖം ഉണ്ടാവുന്നുണ്ടല്ലോ ആ സുഖം ആത്മാവെന്നാണോ വരുന്നത് രാജാക്കന്മാർക്കൊക്കെ പണ്ട് ആളുകൾ വേണമെന്നാണ് എപ്പോഴും നിങ്ങളുടെ മുഖം ചന്ദ്രനെ പോലെയുണ്ട് അങ്ങനെയൊക്കെ പറയാൻ ആളുകൾ വേണോ അത്ര അവരെങ്ങനെയുണ്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അങ്ങനെയൊക്കെ പറയും സ്തുതിച്ച് സ്തുതിച്ച് അങ്ങനെയാണോ ഒരാളെ കേടുവരുത്തിയത് ഭാഗവതത്തിലെ ഈ പൗണ്ട്രക വാസുദേവൻ ഒരാള് അദ്ദേഹത്തിന് കൃഷ്ണനോട് അദ്ദേഹത്തിന് നേരെ ദ്വേഷമൊന്നും മുമ്പുണ്ടായിരുന്നില്ല പക്ഷേ ഈ ശിശുപാലനോട് അദ്ദേഹത്തിന് കൂട്ടാണ് ശിശുപാലന്റെ കൂട്ടുകാരനാണ് അദ്ദേഹം അപ്പൊ ശിശുപാലന് രുക്മിണി ദേവിയെ സ്വയംവരത്തിൽ വിവാഹം കഴിച്ചു കൊടുക്കാനൊക്കെ തീരുമാനിച്ച സന്ദർഭത്തിൽ എല്ലാവരുടെയും മൂക്കിന് ചോട്ടൽ വെച്ച് കൃഷ്ണൻ അപഹരിച്ചുകൊണ്ടുപോയി രുക്മിണിയെ എല്ലാരും ജരാസന്തനും ശിശുപാലനും രുക്മിയും സാൽവനും ഒക്കെ നോക്കിയിരിക്കുമ്പോ കാശിരാജാവും ഒക്കെ നോക്കിയിരിക്കുമ്പോ എല്ലാവരുടെ മുമ്പിൽ വെച്ച് രുക്മിണിയെ അപഹരിച്ചുകൊണ്ടുപോയി കൃഷ്ണൻ അപ്പോ ഇദ്ദേഹത്തിന്റെ എന്താ പറയാ സ്വാത്മ അഭിമാനം സെൽഫ് കോൺഫിഡൻസ് മുഴുവൻ പോയി ഈ പൗണ്ട്രക വാസുദേവൻ അദ്ദേഹത്തിന്റെ പേര് വാസുദേവനാണ് പൗണ്ട്രകദേശത്തിലെ അദ്ദേഹത്തിനും വാസുദേവനാണ് പേര് അപ്പൊ ഇയാള് അഭിമാനം മുഴുവൻ പോയി കോൺഫിഡൻസ് പോയി ആകെ പടത്തളർന്നു എന്തു പറഞ്ഞിട്ടും അദ്ദേഹം ഒന്നും രാജ്യഭരണം ഒന്നും ശരിയായിട്ട് ചെയ്യാൻ കൂട്ടാക്കണില്ല അപ്പൊ മന്ത്രിമാര് തീരുമാനിച്ചു എങ്ങനെയാ ഇയാളെ ഒന്ന് പൊന്തിക്കളുകൾ ഈ കൃഷ്ണനെ ആളുകളൊക്കെ അവതാരമാണ് വിഷ്ണുവാണെന്നൊക്കെ പറയണത് കൊണ്ടാണ് കൃഷ്ണൻ ഇത്ര ശക്തി നമുക്ക് നമ്മളുടെ രാജാവിന് പതുക്ക സ്ക്രൂ കയറ്റിവിടാം അദ്ദേഹമാണോ വാസ്തവത്തിലെ വാസുദേവനെന്നും ശങ്കചക്ര ഗതാവാണിയായ വാസുദേവൻ അവിടെ നമ്മളുടെ രാജാവാണെന്നും അദ്ദേഹം അവതാര ഒക്കെ പറയണം അപ്പോ അദ്ദേഹം വിശ്വസിക്കുവോ അദ്ദേഹത്തിനോട് നേരിട്ട് പറയാൻ പാടില്ല നമ്മളിങ്ങനെ പ്രജകളുടെ അടുത്തൊക്കെ പരത്തി പറഞ്ഞു കഴിഞ്ഞാൽ പ്രജകൾ ജനസാമാന്യത്തിൽ കുറെ ആളുകളെങ്കിലും പൂജ ചെയ്യുകയൊക്കെ ചെയ്യും അങ്ങനെ ആളുകളുടെ അടുത്ത് വരത്തി കഴിഞ്ഞപ്പോ ആളുകളൊക്കെ പഴവും വെറ്റലിയും മാലയുമൊക്കെ വന്ന് കണ്ണീര് ഹേ വാസുദേവ സാക്ഷാത് അവതാര പറഞ്ഞ് ആളുകൾ നമസ്കരിക്കുകയും ആരത്തി കാണിക്കുകയൊക്കെ ചെയ്തു തുടങ്ങി കുറെ ദിവസം കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന് തോന്നി ആയിരിക്കണം ഞാൻ വാസുദേവനായിരിക്കണം ഇത്ര ആളുകൾ പറയുമ്പോ അങ്ങനെ അല്ലാതിരിക്കാൻ കഴിയില്ല ആളുകൾ ഇത്ര ജനങ്ങൾക്ക് തെറ്റോ ഇപ്പൊ എല്ലാരും പറയണു ഞാൻ വാസുദേവനാണ് കൃഷ്ണനാണെന്ന് അപ്പോ ഞങ്ങളെ പോലുള്ള ആളുകളുടെ കുഴപ്പമതാണേ ഇങ്ങനെ കുറെ ഗീതയും ഭാഗവുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുന്ന ആളുകളൊക്കെ പറയും നിങ്ങൾ സാക്ഷാത് അവതാര പുരുഷൻ ആദിശങ്കരാചാര്യരാണ് വ്യാസനാണ് സുഖബ്രഹ്മ മഹർഷിയാണ് നാലുപേര് പറഞ്ഞു കഴിയുമ്പോ ഈ ഈ വ്യാസപീഠത്തിൽ ഇരിക്കുന്നത് എല്ലാവരും ഒന്നും ജീവൻമുക്തന്മാരൊന്നും അല്ലല്ലോ കുറെ പറഞ്ഞു കഴിയുമ്പോ ശരിയായിരിക്കണം ശരിയായിരിക്കണം ഞാൻ വ്യാസനോ ശങ്കരനോ ഒക്കെ ആയിരിക്കണം എന്ന് ഒത്തിരി തോന്നിപ്പോകും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പൗണ്ടരക വാസുദേവനെ പോലെ അതായിട്ടൊക്കെ നടത്തലും പിന്നെ അങ്ങനെ സ്തുതിക്കുന്ന നാല് ആളുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ശരിയാവില്ല ഞങ്ങളുടെ ഒരു കുഴപ്പാണത് ഞങ്ങൾക്ക് സ്തുതിക്കാൻ എപ്പോഴും ആളുകൾ വേണം ഞങ്ങളെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോഴാണ് ഒരു സുഖം പൗണ്ടരക വാസുദേവന്റെ സൂക്കടി പ്രഭാഷണം ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവും ഇത്തിരി ഞങ്ങളെപ്പോലെയുള്ളവർക്കൊക്കെ ഉണ്ടാവും അപ്പോ അധ്യാത്മത്തില് വേഷം കിട്ടുമ്പോഴേ എന്താവെന്ന് വെച്ചാൽ നമ്മൾ ശരീരമല്ല എന്നുള്ള ആ വാദം ഉണ്ടല്ലോ അത് നേരെ നമ്മളുടെ തലയിൽ വന്നിരിക്കും നിങ്ങൾക്കൊക്കെ വളരെ എളുപ്പമാണത് എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും ലൌകിക ജോലി തൊഴിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേഹം ഞാനല്ലെന്ന് കാരണം നിങ്ങളൊരു ജനമധ്യത്തിലൊന്നും പോകാത്തവരെ അധികവും രക്ഷപ്പെട്ടു പോകും ഈ മാനം എന്നുള്ള കുഴപ്പത്തിൽ നിന്ന് അധികവും രക്ഷപ്പെട്ടു നിങ്ങൾ കയറി വന്നാൽ ഒരു കുടുംബം ഭാര്യ കുട്ടികൾ ബന്ധുക്കൾ എത്രയല്ലേ ഉള്ളൂ നേരെ മറിച്ച് അണ്ണാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ആളുകളുടെ മുമ്പിൽ ഹീറോ ആവുക എന്നുള്ളത് ആളുകളുടെ മുമ്പിൽ വന്ന് നിന്ന് അവര് പിന്നെ നമുക്കൊരു ഡ്രസ് ഇട്ടിട്ട് തന്നാൽ അത് ഇട്ടിട്ട് വേണം നിൽക്കാൻ അവരുടെ മുമ്പിൽ അവിടെ ഞാൻ ഇന്നതാണെന്നും അതാണെന്നും ഇതാണെന്നും ഒക്കെ തോന്നിപ്പോയാൽ മഹാകെറുക്കാണ് പിന്നെ അത് മാറ്റാൻ ബുദ്ധിമുട്ടാണ് അതിനിടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കണം അതുകൊണ്ടാണ് പൃഥു മഹാരാജാവ് ആദ്യമേ പറഞ്ഞത് വേണ്ട എന്നെ സ്തുതിക്കേണ്ട ഭാഗവതത്തില് പൃഥുവിനെ എല്ലാവരും സ്തുതിക്കാൻ പോയപ്പോ പറഞ്ഞു വേണ്ട ഞാനൊന്നും ഗുണമൊന്നും പ്രകടിപ്പിച്ചിട്ടേ നിങ്ങൾ എന്തിനാ വെറുതെ എന്നെ സ്തുതിക്കുന്നത് എന്നെ സ്തുതിക്കരുത് മഹാജ്ഞാനികൾക്ക് സ്തുതിച്ചാലും നിന്ദിച്ചാലും തുല്യനിന്ദ സ്തുതിർ മൗനി എന്താന്ന് വെച്ചാൽ അവർക്ക് ശരീരം ഞാനല്ല എന്നറിയാത്തതുകൊണ്ട് ശരീരം ഞാനല്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് അവർക്ക് ശരീര ബന്ധമേയില്ലാത്തതുകൊണ്ട് അവര് നിന്ദിച്ചാലും സ്തുതിച്ചാലും ഒന്നും ബാധിക്കില്ല മഹർഷി രമണ മഹർഷിയെ എത്ര പേര് എന്തൊക്കെ നിന്ദിച്ചിട്ടുണ്ട് എന്തൊക്കെ വിധത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതുമൊക്കെ സഹിച്ചു അദ്ദേഹത്തിനെ സ്തുതിക്കുകയൊക്കെ ചെയ്യുമ്പോ ആരോ രമണ സദ്ഗുരു എന്നൊരു പാട്ട് എഴുതി എഴുതിയിട്ട് പാടിയപ്പോ അദ്ദേഹം അവരുടെ കൂടെ ചേർന്ന് ആ പാട്ട് പാടി അപ്പൊ പറഞ്ഞു എന്താ ഭഗവാന് അങ്ങും കൂടെ ചേർന്ന് പിന്നെന്താ രമണ സദ്ഗുരു എന്ന് ഈ ശരീരമാണോ ആ രുണാചലേശ്വരനാണ് രമണ സദ്ഗുരു അപ്പോ സ്തുതിച്ചാൽ അങ്ങട് കൊടുത്തു നിന്ദിച്ചാലോ ശരീരം നിന്ദിക്കേണ്ടത് തന്നെയാണ് നിന്ദിക്കട്ടെ നമ്മളെ നിന്ദിച്ചു തള്ളേണ്ടതാണ് വേറെ ഒരാൾ നിന്ദിക്കണം ഒരാള് ചീത്ത പറയണു ഞാൻ എന്ത് ചെയ്യണം അയാളുടെ കൂടെ ചേർന്ന് ചീത്ത പറയുക എന്നാണ് നമ്മുടെ പാക്കനാരുടെ ഒരു കഥയുണ്ട് പാക്കനാരുടെ ഒരു ദിവസം തെരുവിൽ പോകുമ്പോൾ വല്ല വിശപ്പ് അപ്പോ വഴിയില് കുറെ പഴങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ട് ഒരാള് പഴ കച്ചവടം ചെയ്യ അപ്പൊ ഇയാള് പറയാനാണ് തൊടാൻ പാടില്ല എന്ന് പറയേണ്ടത് കയ്യിൽ പണമല്ല കൊടുക്കാൻ അപ്പോ സഹിക്കു വയ്യാതായപ്പോ ആ പഴം ഒന്നെടുത്ത് തിന്നു അപ്പൊ ഈ പഴക്കച്ചവടക്കാരനും നാട്ടിലുള്ളവരൊക്കെ കൂടെ വന്ന് തല്ലാൻ തുടങ്ങി അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുക്കും രണ്ടെണ്ണം കൂടെ കൊടുക്കും ഞാൻ അപ്പോഴേ അവനെടുത്ത് പറഞ്ഞതാണ് എടുക്കേണ്ടതെന്ന് കേട്ടില്ല എടുത്തു നാലടി കൂടെ കൊടുക്കും ദേഹം താനല്ല എന്നിരിക്കുന്നവന് അതിന്റെ നിന്ദയുമൊക്കെ തന്നെയാണ് നിന്ദിക്കുന്നതെന്നുള്ള ഭാവമില്ല അതിനെ ബഹുമാനിക്കുമ്പോൾ തന്നെയാണ് ബഹുമാനിക്കുന്നതെന്നും ഭാവമില്ല അയാൾക്ക് ഈ മാനം എന്നുള്ള സൂക്കട് വരില്ല അത് ഒരു സൂക്കടാണ് ലോകവാസനയാണ് വേദാന്തജ്ഞാനത്തിന് ആത്മജ്ഞാനത്തിന് തടസ്സമായിട്ടുള്ള ദേഹവാസന ലോകവാസന ഇത് മാനത്തിൽ വരും ശാസ്ത്രവാസനയും വരും ദേഹവാസന ലോകവാസന മുഖ്യമായിട്ട് വരും മാനത്തിൽ വരും നമ്മളെ കുറിച്ച് നാലു പേര് ഈ നാലുപേരെപ്പോഴും ഉണ്ടാവേ കാരണം അവര് പറയുന്ന പോലെയൊന്നും നമ്മളെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നാൽ എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കും നമ്മളെ ആളുകൾ നല്ലത് പറയണം ഇതുവരെ ലോകത്തിൽ ഒരാളെയും നല്ലത് മാത്രം പറഞ്ഞിട്ടില്ല നമ്മൾ മഹാത്മാക്കളുടെയൊക്കെ നല്ല കഥകൾ മാത്രമേ കേൾക്കുന്നുള്ളൂ വേറൊരു സൈഡിൽ അവരെ നിന്ദിച്ചിട്ടുണ്ട് ചിന്ത വിളിച്ചിട്ടുണ്ട് എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പൊ ലോകം മുഴുവൻ നമ്മളെക്കുറിച്ച് നല്ലത് പറയണമെന്നും അവർ സ്തുതിക്കണമെന്നും അവർ സ്തുതിക്കുമ്പോൾ അതൊക്കെ സ്വീകരിക്കൽ ഇതൊക്കെയാണ് മാനം ആ മാനമുള്ളവൻ ശാന്തി ഉണ്ടാവില്ല ദേഹാഭിമാനത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും മാനം വെച്ചാൽ വാസ്തവമല്ലാത്തതിനെ അംഗീകരിക്കുക എന്നാണ് അർത്ഥം മനസ്സുകൊണ്ട് വാസ്തവമല്ലാത്തതിനെ അംഗീകരിച്ചിട്ട് അതിനനുസരിച്ച് നിൽക്കുക അതിനാണ് മാനം എന്നുപേര് മഹാത്മാക്കളിൽ ഈ ഒരു സൂക്കടയെ കാണില്ല ശിവാനന്ദ സരസ്വതി സ്വാമി മലേഷ്യയിലെ ഡോക്ടറായിരുന്നു ഡോക്ടർ ഗുപുസ്വാമി എന്ന പേര് അവിടെ നിന്നൊക്കെ വിട്ടിട്ട് അദ്ദേഹം അധ്യാത്മമാർഗത്തിൽ രുചി വന്നപ്പോ ചില വിഷമങ്ങളുമൊക്കെ കുടുംബപരമായി ഉണ്ടായി തോന്നും അവിടുന്ന് വിട്ടു വന്ന ആദ്യം മഹാരാഷ്ട്രത്തിലൊരു സ്ഥലത്തിൽ വന്നിട്ട് ഒരു പോസ്റ്റ്മാന്റെ വീട്ടിൽ ജോലിക്കാരനായിട്ട് നിന്നു അദ്ദേഹം എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഡോക്ടറാണെന്നും വലിയ ആളാണെന്നുള്ള ഈ അഭിമാനം പോവാനായിട്ട് രാമാനുജാചാര്യരുടെ ലൈഫില് ഒരു കഥ രാമാനുജന്റെ ശ്രീരാമാനുജന്റെ കുടുംബത്തിലെ തന്നെ ഉള്ള ഒരു ഭക്തൻ രാമാനുജന്റെ ഭക്തൻ അദ്ദേഹം രാമാനുജാചാര്യരോട് ഉപദേശം ചോദിക്കുകയാണ് ശ്രീവൈഷ്ണവ സമ്പ്രദായത്തില് ഗീതയിലെ ശരണാഗതി ശ്ലോകം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം അതാണ് ഉപദേശശ്ലോകം ഉപദേശ ശ്ലോകം എന്ന് വെച്ചാൽ അത് ഉപദേശിച്ച് പ്രപത്തിധർമ്മത്തിനെ പറഞ്ഞുകൊടുക്കുക എന്നുള്ളതാണ് അവരുടെ മാർഗം അപ്പൊ രാമാനുജാചാര്യരോട് അദ്ദേഹത്തിന്റെ പേരെനിക്ക് മറന്നുപോയി ഉപദേശം ചോദിക്കാണ് അപ്പൊ ശ്രീരാമാനുജൻ പറഞ്ഞു അങ്ങ് ബന്ധുവാണ് കുടുംബക്കാരനാണ് അതുകൊണ്ട് ഞാൻ ഉപദേശിച്ചാൽ അങ്ങേക്ക് ഫലിക്കില്ല മാത്രമല്ല അങ്ങ് നല്ല ശാസ്ത്ര പണ്ഡിതനുമാണ് ഇതൊക്കെ തന്നെ ശരണാഗതിക്ക് തടസ്സമാണ് ഞാൻ പണ്ഡിതനാണെന്നും ഞാൻ അറിവുള്ള ആളാണെന്നുള്ളൊക്കെ അഭിമാനം ഉണ്ടാവും അതുകൊണ്ട് ഇതൊക്കെ ശരണാഗതിക്ക് തടസ്സമാണ് അതുകൊണ്ട് എന്റെ ഗുരുവായ ഗോഷ്ഠിപൂർണന്റെ അടുത്തേക്ക് ചെല്ലുക അദ്ദേഹത്തിൽ നിന്ന് ഉപദേശം വാങ്ങിക്കുക എന്ന് പറഞ്ഞ് രാമാനുജന്റെ ഗുരുവിന്റെ അടുത്തേക്ക് പറഞ്ഞു ഗോഷ്ഠീപൂർണൻ കുറച്ചു ദിവസം ഇദ്ദേഹത്തിന് കൂടെ താമസിപ്പിച്ചിട്ടും ഉപദേശിച്ചില്ല ആറുമാസം കൂടെ താമസിപ്പിച്ചിട്ടും അദ്ദേഹം ഉപദേശിച്ചില്ല അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ രാമാനുജന്റെ അടുത്ത് തന്നെ തിരിച്ചു ചെല്ലു അങ്ങ് പണ്ഡിതനാണ് അറിവുള്ള ആളാണ് പക്ഷെ എനിക്കിപ്പോ ഉപദേശിക്കാൻ ഭഗവാൻ എന്റെ ഹൃദയത്ത് നിന്ന് സമ്മതം തരണില്ല അതുകൊണ്ട് രാമാനുജന്റെ അടുത്തേക്ക് തന്നെ ചെല്ലു എന്ന് പറഞ്ഞ് ഗോഷ്ഠീപൂർണനും പറഞ്ഞു വെച്ചു അപ്പൊ ഇദ്ദേഹം നോക്കണം നമ്മളൊക്കെ ഭഗവത്ഗീതയൊക്കെ അത്ര എളുപ്പത്തിലാണ് പഠിക്കണത് അല്ലേ ക്ലാസ് എടുത്തു നോട്ട് എഴുതിയെടുത്തു പിന്നെ ഗീത പഠിച്ചു അറിയാം ഗീതയിലെ ഒരു ശ്ലോകം പഠിക്കാനാണ് ഈ നടത്തം നടക്കുന്നത് ഒരു ശ്ലോകം പഠിക്കാനായിട്ട് അതായത് ജീവിച്ചു പഠിക്കണമെന്നാണ് മഹാത്മാക്കളുടെ അടുത്ത് പഠിക്കുമ്പോ അങ്ങനെയാണ് ജീവിച്ചു പഠിക്കണം ഒരു ശ്ലോകം പഠിച്ചു ശ്ലോകം അവരാണ് ആ ശ്ലോകം ശ്ലോകം തന്നെ അവരാണ് അതിന്റെ അർത്ഥം അറിയണമെന്നല്ല വെർബൽ മീനിങ്ങിനിപ്പൊ എന്ത് ബുദ്ധിമുട്ട് ഇന്റർനെറ്റിൽ എടുത്തിട്ട് ഗീതം മുഴുവൻ പകർത്തിയെടുക്കാം അല്ലെ ഈ ഒരു ശരണാഗതി ശ്ലോകം അറിയാനാ ഈ ഗോഷ്ടീപൂർണൻ എടുത്ത് പോയ ആറുമാസം താമസിച്ച് അദ്ദേഹം അവിടുന്ന് രാമാനുജന്റെ അടുത്തേക്ക് പറഞ്ഞു രാമാനുജന്റെ അടുത്ത് വന്ന് പറഞ്ഞു അങ്ങ് തന്നെ എനിക്ക് ഉപദേശിക്കണം എന്ന് പറഞ്ഞു എപ്പോഴേക്കും തന്നെ കുറെ ഈ മാനം തണുത്തിട്ടുണ്ടാവും അല്ലേ പറഞ്ഞയച്ച് പറഞ്ഞയച്ച് അപ്പണ്ട് രാമാനുജന്റെ ഗുരു ഗോഷ്ഠിപൂർണൻ അവരൊക്കെ ഗൃഹസ്ഥന്മാരാണ് ആ ഗോഷ്ഠിപൂർണന്റെ മകള് ആതുണയും വിവാഹിതയായി വീട്ടിൽ പോയിട്ട് അവിടെ നിന്നും ഭർത്താവ് ഭർത്താവിന്റെ അമ്മ വളരെയധികം ചീത്ത പറയുകയും വളരെ ദൂരത്തു നിന്ന് കുടത്തിൽ വെള്ളം കൊണ്ടുവരണം ഒരു ദിവസം വഴിയിൽ വീണു വെള്ളമൊക്കെ ചോട്ടിലിട്ട് വീണു അപ്പൊ ആ അമ്മ പറഞ്ഞു എന്നെ കൊണ്ടാവില്ലെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് ജോലി ചെയ്യാനോ ഒരാളെ കൂട്ടിക്കൊണ്ടുപോവാ ഇവിടെ വേറെ ഒളെ വെക്കാനോന്നും പറ്റില്ലാന്ന് പറഞ്ഞത്ര ആലൈ ഗോഷ്ടീപൂർണ്ണൻ എടുത്തു വന്നു ആ മഹാത്മാവ് എന്ന് പറഞ്ഞു രാമാനുജൻ നിനക്ക് സഹോദരനെ പോലെയാണല്ലോ രാമാനുജനോ സന്യാസി രാമാനുജന്റെ അടുത്ത് ചെന്ന് ഈ വിഷമം പറയാം കുടുംബവർത്തമാനാണ് അവർക്കൊന്നും സന്യാസ അഭിമാനമൊന്നുമില്ല മഹർഷിയുടെ അടുത്തും ഇങ്ങനത്തെ ചില കഥകളൊക്കെ നടന്നിട്ടുണ്ട് അത് പിന്നെ പറയാം കുടുംബാഭി ഞാൻ സന്യാസിയാണെന്ന് അഭിമാനം ഉണ്ടെങ്കിൽ കുടുംബത്തിൽ നിന്നും ഒരു സ്ത്രീ ഒന്ന് കുടുംബവർത്തമാനം പറഞ്ഞുകൊണ്ട് വരികയാണ് എന്റെ അതും എന്ത് കുടുംബ വർത്തമാനമാണ് എന്റെ അമ്മായി അമ്മ ഉപദ്രവിക്കണു ഇതുപോലെ വെള്ളം ദൂരത്തുനിന്ന് കൊണ്ടുവരണം അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചു എന്നൊക്കെ പറഞ്ഞ് രാമാനുജൻ അടുത്ത് പറയുമ്പോൾ രാമാനുജൻ ഉപദേശം ചോദിച്ച് ഈ ബ്രാഹ്മണനെ ഒന്ന് നോക്കി അത്രയേ ഉള്ളൂ അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം ഈ ആതുലയുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് പോവാണ് എന്തിനാ ഗീതയിലെ ശരണാഗതി ശ്ലോകം പഠിക്കാൻ അവിടെ പോയി അടുക്കള പണി ചെയ്ത് അടിച്ചു വൃത്തിയാക്കി വെള്ളം കൊണ്ടുവന്നു കൊടുത്ത് ഒരു സംബന്ധവും തനിക്ക് യാതൊരു സംബന്ധവും ഇല്ലാത്തൊരു വീട്ടില് അനേക മാസങ്ങൾ അങ്ങനെയിരുന്നു കുറെ കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലെ ആ അമ്മായി ആരോ വന്ന് ഗീത പറഞ്ഞു കൊടുക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ ചില തെറ്റുകളൊക്കെ വരുത്തുന്നത് ഇദ്ദേഹത്തിന് സഹിക്കുവയ്യാതായപ്പോ ഇദ്ദേഹം പറഞ്ഞുകൊടുത്തു അപ്പൊ അവർക്ക് മനസ്സിലായി ഒരു മഹാപണ്ഡിതനാണ് വീട്ടിലിരിക്കണത് എന്ന് ഒരു ഉണ്ടായി അങ്ങനെ ആ ബ്രാഹ്മണൻ ഒരു ശാസ്ത്ര പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുന്നു അയാൾ തെറ്റി പറഞ്ഞു കൊടുക്കുന്നത് കണ്ടപ്പോ ഈ അടുക്കള പണിക്കാരൻ ചെന്ന് അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ വളരെ കോപിച്ചു കുശിനീക്കാരനാണോ അപ്പൊ കൂടെ ഉപദേശിക്കാൻ വരണത് എന്ന് ചോദിച്ച് ശണ്ട പോവും അപ്പോ വളരെ ശാന്തമായി ശാസ്ത്രാർത്ഥം പറഞ്ഞു കൊടുത്തു വ്യാകരണവും ഒക്കെ എടുത്ത് പറഞ്ഞുകൊടുത്തു അപ്പോൾ മഹാപണ്ഡിതനാണ് ഇദ്ദേഹം എന്ന് അറിഞ്ഞപ്പോ അപ്പോഴാണ് അവരെ അന്വേഷിക്കണത് അങ്ങ് ആരാണോ എന്താണെന്ന് നോക്കെ അതുവരെ വീട്ടിലെ ജോലിക്കാരനായി എല്ലാ ചീത്തയും കേട്ടുകൊണ്ട് പണി ചെയ്തോണ്ടിരുന്നതാണ് അത് കഴിഞ്ഞപ്പോ അവര് രാമാനുജന്റെ അടുത്ത് ചെന്ന് യാചിച്ചു ഇത്ര വലിയ മഹാത്മാവിനെ ഞങ്ങളുടെ വീട്ടിൽ പണിക്കാരനായിട്ട് നിർത്തി ഞങ്ങൾക്ക് പാപം വരുത്തരുത് തിരിച്ചു വിളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ രാമാനുജൻ വിളിച്ചിട്ട് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാ വിമാശിച്ച ഈ ശ്ലോകാർത്ഥം നിനക്ക് മനസ്സിലായിരിക്കണമെന്ന് പ്രപത്തി എന്താണ് രമണമഹർഷി സമാധിയായിട്ട് മഹർഷിയുടെ ശിഷ്യന്മാർ പലരും എല്ലാവരും ആശ്രമം വിട്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് വിശ്വനാഥസ്വാമി എന്ന് പറയുന്ന ഒരു മഹാത്മാവ് പതിനാല് വയസ്സിൽ മഹർഷിയുടെ അടുത്ത് വന്നതാണ് മഹാത്തപസ്വി സർവശാസ്ത്ര സമ്പന്നൻ അവരൊന്നും സന്യാസമെന്ന് പറഞ്ഞ് വസ്ത്രം മാറ്റുകയോ പേര് മാറ്റുകയോ ഒന്നും ചെയ്തില്ല ഞള്ളൂ സ്വാമി എന്ന് വിളിക്കുക അത്രേ ഉള്ളൂ അവരൊക്കെ സന്യാസധർമ്മമനുഷ്ഠിച്ച് ഭിക്ഷാന്തേഹികളായിട്ട് തന്നെയിരുന്നു ലോകത്തിന് പുറമേക്കൊന്നും പ്രകടിപ്പിച്ചില്ല മഹർഷിയുടെ പാർഷവന്മാരാരും പുറമേക്കൊന്നും പ്രകടിപ്പിച്ചില്ല ഒക്കെ സാധുധർമ്മത്തിലെ യതിധർമ്മത്തിൽ ഒരു കടുകട വിടാതെ ഇരിക്കുകയും തപോനിഷ്ഠരായിട്ടിരിക്കുകയും അതേസമയം വസ്ത്രവും മാറ്റിയില്ല പേരും മാറ്റിയില്ല അധികം പേരും ഒക്കെ സാധാരണമായിട്ടായിരുന്നു ഭിക്ഷ എടുത്ത് ജീവിക്കുക കൂടെ ചെയ്തു പലരും ഈ വിശ്വനാഥസ്വാമി പിക്കാലത്തില് ആശ്രമത്തിലെ ഒരു മഹാത്മാവിന് മഹർഷിയുടെ ഭക്തന്മാര് പാർഷന്മാരും അടുത്തുണ്ടായിരുന്നവരും ഒക്കെ തിരിച്ച് ആശ്രമത്തിലേക്ക് കൊണ്ടുവരാനായി അന്വേഷിച്ച് അന്വേഷിച്ച് നടന്നിട്ട് ഈ വിശ്വനാഥസ്വാമി എവിടെ നിന്നും ഒരു പിടികിട്ടുള്ള എവിടെ പോയി എന്നും പിടികിട്ടുള്ള പല ആശ്രമങ്ങളിലും അന്വേഷിച്ചു അദ്ദേഹം പോകാവുന്ന തീർത്ഥ ക്ഷേത്രങ്ങളൊക്കെ അന്വേഷിച്ച് പിടികിട്ടീരാ ഒരു ദിവസം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഭഗവാനെ എങ്ങനെയെങ്കിലും എനിക്ക് വിശ്വനാഥസ്വാമിയെ ഒന്ന് കാണിച്ചു തരണം അദ്ദേഹം എവിടെയിരിക്കണു എന്ന് ഹൃദയം കൊണ്ടൊന്ന് വിചാരിച്ചു അപ്പൊ ആരോ പരിചയമുള്ള ഒരാള് ആശ്രമത്തിലുള്ള ആള് പരിചയമുള്ള ആള് വന്നിട്ട് പരസ്പരം സംസാരിച്ചു ഇദ്ദേഹം അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾ എവിടുന്ന് വരണമെന്ന് ചോദിച്ചു എവിടെ ഒരു വീട്ടിൽ പോയിട്ട് വരികയാണ് അവിടെ നിങ്ങളുടെ ആശ്രമത്തിലുള്ള വിശ്വനാഥസ്വാമി ആ വീട്ടിലുണ്ട് അപ്പൊ ആ വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ ഒരു ഇരുപത് വയസ്സുകാരി പെൺകുട്ടി ഈസി ചെയറിൽ കിടന്ന് മാഗസിൻ വായിക്കുന്നുണ്ട് ആ വീട്ടിന്റെ യജമാനൻ ലുങ്കി ഉടുത്തുകൊണ്ട് മഹാവൃത്തികേടായിട്ട് കാരണം ഈ ലുങ്കി ഉടുക്കുന്നത് തന്നെ വൃത്തികേടാണ് അതിപ്പോ സന്ദർഭം വരുമ്പോ പറയാണ് മഹാവൃത്തികേടായിട്ട് ലുങ്കി എടുത്തുകൊണ്ട് ഉമ്മർത്ത് നിൽക്കുന്നുണ്ട് ആ വീട്ടിലെ അമ്മ കിടക്കുന്നുണ്ട് അപ്പൊ ഇദ്ദേഹം ചോദിച്ചു വിശ്വനാഥസ്വാമി എവിടെയാണ് അടുക്കളയിലുണ്ട് ആ വീട്ടിലെ അടുക്കളക്കാരനായിട്ട് അടുക്കളപ്പണി ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഈ പോയ സാധു കരഞ്ഞുപോയി സ്വാമി അങ്ങ് ഇവിടെ അടുക്കളപ്പണി ചെയ്തു സ്വാമിയുടെ ഡെഫിനേഷൻ എന്താ എന്തു വേണം നമുക്ക് ജീവിക്കാൻ ഊണ് കഴിക്കണം അത് ഇവിടുന്ന് കിട്ടണം ആരും അറിയാതിരിക്കണം എടുത്തോളം നല്ലത് നമുക്കുള്ളിലേക്ക് വേണ്ടത് ആ ജ്ഞാനം ഭഗവത് കൃപ കൊണ്ട് കിട്ടിയിരിക്കണം ഈ ശരീരത്തിന് എന്തോ തിന്നിട്ട് ശരീരം നിക്കണം വീണു പോകണം ഉള്ളൂ ഇതിന് പോയി നമ്മളിപ്പോ എന്താ അവരൊന്നും തന്നെ ഞാനീന്ന് വെച്ചാൽ രണ്ടു കൊമ്പും വളച്ചു ലോകത്തിലിപ്പോൾ ഞങ്ങളെപ്പോലെ ഒരു സ്റ്റേജിൽ കയറിയിരിക്കണമെന്നൊന്നും ആഗ്രഹിച്ചില്ല സ്വയം പൂർണ്ണരാവാൻ മാത്രമായിരുന്നു അവരുടെ ശ്രദ്ധ അത് സ്വാർത്ഥതയല്ല തികച്ചും നിസ്വാർത്ഥതയാണ് സ്വയം പൂർണ്ണമാവാതെ മറ്റുള്ളവ മറ്റുള്ളവരെ എങ്ങനെ പൂർണ്ണമാക്കും വിളക്കിൽ വിളക്ക് കൊളുത്താൻ പറ്റുള്ളൂ വിളക്കിനെ കുറിച്ച് വിളക്ക് കൊളുത്താൻ പറ്റില്ലല്ലോ സ്വയം വിളക്കാവണ്ടേ അതിലെ മാനത്തിനെ നിശേഷം വിട്ട് അവസാനമേ പ്രാർത്ഥിച്ചിട്ടാണോ കൂട്ടിക്കൊണ്ടുവന്നത് വളരെയധികം പ്രാർത്ഥിച്ചിട്ടാണ് കൂട്ടിക്കൊണ്ടുവന്നത് വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നത് അപ്പോ അംഗീകരിക്കുക അമാനിത്വം മഹാത്മാക്കളിൽ സഹജമായി കാണുന്ന ലക്ഷണമാണ് അവരൊന്നും അവർക്ക് എന്ത് വിശേഷണം കൊടുത്താലോ അതൊന്നും അവർ തലയിൽ കയറ്റില്ല നമ്മളെ സാധാരണ സ്തുതിക്കുന്നവരൊക്കെ നമ്മളെ ആക്സ് ടു ഗ്രൈൻഡ് എന്നൊരു ചൊല്ലുണ്ട് ഒരു വലിയ ഒരു എഴുത്തുകാരനെ പറ്റിയ അമളിയായിരുന്നാണ് ഇംഗ്ലീഷിൽ ആ ചൊല്ലു വന്നത് ആക്സ് ടു ഗ്രൈൻഡ് എന്നുവെച്ചാൽ ഒരു കുട്ടി സ്കൂളിലേക്ക് പോവുകയാണെ അപ്പൊരു ഒരു ആലയിൽ ഈ ഇരുമ്പ് പണി എടുക്കുന്ന ആളുടെ മുമ്പിൽ ചെന്ന് കുട്ടി കൗതുകം കൊണ്ട് അഞ്ചു മിനിറ്റ് ഇരുന്നു ആ ഇരുമ്പ് പണിക്കാരനെ അന്ന് കൂടെ സഹായിക്കേണ്ട ചക്കം വന്നിട്ടില്ല ഇരുമ്പ് പണിക്കാരൻ നീ നല്ല കുട്ടിയാണല്ലോ കുട്ടിക്ക് സന്തോഷമായി പറഞ്ഞു എന്നെ കണ്ട നല്ല അറിവുള്ള കുട്ടിയാണെന്ന് തോന്നണമല്ലോ നല്ലവണ്ണം പഠിക്കുന്നു തോന്നണമല്ലോ എന്നൊക്കെ പറഞ്ഞു കുട്ടിക്ക് വളരെ സന്തോഷമായി പതുക്കെ ഇതൊന്ന് പിടിച്ചു തരൂ എന്ന് പറഞ്ഞു ആ കിടിച്ച് ഒക്കെ പറഞ്ഞ ആ കുട്ടി പിടിച്ചേ പിടിച്ചൊക്കെ ആയിട്ട് ഒരു മഴ അതിനൊക്കെ പിടിച്ചു നിർത്തി കുട്ടി കുറെ കഴിയുമ്പോൾ സ്കൂളിൽ പോകണമെന്ന സമയമായി അപ്പോ ഇയാള് പറഞ്ഞു നീ നല്ല കുട്ടിയല്ലേ നീ സ്കൂളിൽ പോയിട്ടില്ലെങ്കിലും നിനക്കെല്ലാം അറിയുമല്ലോ ടീച്ചർമാരെ കാണുന്ന എനക്ക് അറിയും നോക്കുട്ടി അതിൽ സന്തോഷിച്ച് വൈകുന്നേരം വരെ ആക്സ് ഗ്രൈൻഡിങ് ആണ് ഈ മഴവിനെ ഉണ്ടാക്കി അതിൽ നിന്ന് അയാ അദ്ദേഹം ഒരു ചൊല്ലി അദ്ദേഹത്തിന് ജീവിതം മുഴുവൻ ആരുടെയും സ്തുതിയിൽ വീണില്ല അത്രേ വൈകുന്നേരം അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ പണി ഇതാണ് അപ്പൊ അദ്ദേഹം ആരെങ്കിലും ഒക്കെ സ്തുതിച്ചാൽ അദ്ദേഹം പറയും എനിക്ക് പേടിയാണ് ഹി ഹാസ് എം ആക്സ് ടു ഗ്രൈൻഡ് ആരെങ്കിലും സ്തുതിച്ചാൽ അയാൾക്ക് എന്തോ കാര്യം നടത്താൻ അപ്പൊ എന്തെങ്കിലും സ്തുതിച്ചു കഴിഞ്ഞാൽ ശരീര സംബന്ധമായി സ്തുതിയെ ഏൽക്കാതിരിക്കലാണ് ശാന്തിക്ക് ആദ്യത്തെ പടി ആധ്യാത്മികതയുടെ ആദ്യ പടി എന്താ മാനത്തിനെ മാനം കൊണ്ട് ഉറുപവർ മാനത്തെ അഴിത്ത് അഭിമാനമില്ലാതൊളിർ അരുണാചല എന്ന് രമണഭഗവാൻ പാടി മാനം കൊണ്ട് ഉറുപവർ മാനം കൊണ്ടാണ് നമുക്ക് വളരെ വിഷമമായി നമുക്ക് നാച്ചുറലാണത് ഇമേജ് സൊസൈറ്റി തന്നിട്ടുള്ള ഇമേജ് നമുക്ക് തന്നെ നമ്മളെക്കുറിച്ചുള്ള ഇമേജ് ഇത് നമ്മളുടെ ഈഗോ സെന്ററാണ് അതിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ലോകത്തിൽ നടക്കണത് അപ്പൊ അതുകൊണ്ട് സഹജമായിട്ടൊന്നും നമുക്ക് പുറത്തിറങ്ങി നടക്കാനും ആളുകൾ നമ്മളെ അങ്ങനെ പറയോ ഇങ്ങനെ പറയോ അത് പറയോ എല്ലാം നമ്മളുടെ ഉള്ളില് വിഷമിപ്പിക്കണം ആ മാനം വിട്ടാൽ പകുതി വെയിറ്റ് പോയി ഘനം കുറഞ്ഞു അമാനിത്വം ഒന്നും മാനിച്ചിട്ടില്ല തന്നെക്കുറിച്ച് യാതൊന്നും കരുതിയിട്ടില്ല തനിക്ക് ഇന്നതാണ് താനെന്നൊന്നും അഭിമാനിക്കണില്ല അഹങ്കാരമല്ല അമാനിത്വം അദംഭിത്വം ദമ്പമെന്താണെന്ന് വെച്ചാൽ സ്വധർമ്മ പ്രകടീകരണം ദമ്പിത്വം ആചാര്യസ്വാമികളുടെ ഭാഷ്യമാണ് ഒരാള് ധർമ്മമൊക്കെ അനുഷ്ഠിക്കാം ധർമ്മം ചെയ്യണത് സത്യം ചെയ്യേണ്ടതാണ് പക്ഷെ ധർമ്മത്തിനെ അയാൾ ചെയ്യുന്നതിനേക്കാളും മുഖ്യം അയാൾക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കലാണ് ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്നുണ്ട് സ്വധർമ്മ പ്രകടീകരണം നാലുപേര് കാണുമ്പോഴായിരിക്കും ഗംഭീരമായ പൂജയൊക്കെ എന്നു വെച്ചാൽ പൂജ ചെയ്യാൻ പാടില്ല എന്നല്ല കേട്ടോ അത് പറഞ്ഞിട്ട് നാലുപേർ കാണുന്നത് കൊണ്ട് ഞാൻ പൂജിക്കില്ല എന്നല്ല അവർ കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും താൻ തന്നിലിരുന്നിട്ടാണ് എല്ലാം ചെയ്യുന്നത് അതേപകരം നാലു പേർക്ക് കാണിച്ചു കൊടുക്കാൻ പബ്ലിക്കിലെ ഒരു പേഴ്സണാ പേഴ്സണാലിറ്റി ഉണ്ടാക്കാനായിട്ട് അവനവന്റെ ധർമ്മത്തിനെ പ്രകടിപ്പിക്കുക അലുവേരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുക അതിനാണ് ദമ്പം എന്ന് പേര് ദമ്പ അയാള് ദമ്പമാണ് എല്ലാം പ്രകടിപ്പിക്കും മുമ്പിൽ കാണിച്ചു കൂട്ടും ആ കാണിച്ചുകൂട്ടുന്നത് സമാധാനം ഉണ്ടാവില്ല എന്താന്ന് വെച്ചാൽ നമ്മൾ ഈഗോ സെന്ററിലാണ് നിൽക്കുന്നതേ പിന്നെ നമ്മളല്ലാതെ നമ്മളല്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ കാണിക്കുന്നത് അമാനിത്വം അദംഭിത്വം രണ്ട് അഹിംസ ഇതൊക്കെ തന്നെ നാച്ചുറലായിട്ട് വരും മനുഷ്യനെ ശാന്തി വേണം ഇന്ന് മിനിഞ്ഞാന്ന് പറഞ്ഞ പോലെ അവനവന് ഹിതം ചെയ്യണം എന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് കാണാം മാനം ഒരു ഡിസ്റ്റർബൻസ് ആണ് ദമ്പം ഒരു ഡിസ്റ്റർബൻസ് ആണ് നമ്മൾ തന്നെ കാണും നമ്മുടെ മനസ്സിനെ ശാന്തമായി വെച്ചുകൊണ്ടിരിക്കണം ആശിച്ചാൽ തന്നെ പിന്നെ സത്സംഗത്തിലിരുന്ന ഈ ഗുണങ്ങളൊക്കെ സഹജമായിട്ട് വരും സത്സംഗം എന്ന് വെച്ചാൽ പ്രഭാഷണമല്ല മഹാത്മാക്കളുടെ സംഘം ആരിൽ സഹജമായി ഈ ഗുണങ്ങളൊക്കെ ഉണ്ടോ അവരെ കാണുമ്പോ നമ്മളുടെ ദോഷമൊക്കെ നമുക്ക് മനസ്സിലാവും മൂക്കില്ലാത്തവന്റെ മുമ്പിൽ കണ്ണാടി കാണിക്കണ പോലെയാണ് മഹാത്മാക്കളെ കാണുന്നത് എന്നുവെച്ചാൽ മൂക്ക് മുറിഞ്ഞ ആളുടെ മുമ്പിൽ കണ്ണാടി കാണിച്ചാൽ എന്താവും മൂക്ക് മുറിഞ്ഞിട്ടുണ്ടെന്ന് അയാൾക്ക് അറിയും അല്ലേ അതേപോലെ സർവഗുണസമ്പന്നന്മാരായി സാധുക്കളുടെ സമ്പർക്കത്തില് നമുക്കും ഈ ഗുണങ്ങളൊക്കെ വരും കഴിയുന്നതും നമുക്ക് വഴി നടത്തുമ്പോ നമ്മൾ മഹാത്മാക്കളെ സ്വീകരിക്കുമ്പോ നമുക്ക് ഗുരുവായിട്ടും ആദർശമായിട്ടും ഒക്കെ സ്വീകരിക്കുമ്പോ ഇപ്പോ പബ്ലിക് ഫിഗേഴ്സിന് ഒന്നും സ്വീകരിക്കരുത് പബ്ലിക് ഫിഗേഴ്സൊക്കെ പറയണതൊക്കെ കേട്ടുകൊള്ള ഒന്നുമില്ലാതെ ബാഹ്യമായി തികച്ചും സരളമായി സിംപിളായി എല്ലാം വിട്ടിട്ടിരിക്കുന്നവരുടെ കൂട്ടുകൂടിയാൽ നമുക്ക് എളുപ്പത്തിൽ ശാന്തി ഉണ്ടാകും പബ്ലിക്കില് ഒരു ജയന്റായിട്ട് ഇരിക്കുന്ന ആളുകളെ നമ്മൾ ആദർശമായിക്കൊണ്ട് അവര് മഹാത്മാക്കളായിരിക്കും അവര് രക്ഷപ്പെട്ടിട്ടുണ്ടാവും ഒരു പക്ഷെ പക്ഷെ നിങ്ങൾ അവരെ ആദർശമായിട്ടെടുത്താൽ നിങ്ങൾക്കും അറിയാതെ തന്നെ പ്രസിദ്ധിയിലും പേരിലും സ്ഥാനമാനങ്ങളിലുമുള്ള ആഗ്രഹം വരും എല്ലാ ആശ്രമങ്ങളിലും അധ്യാത്മമാർഗത്തിലും ഒക്കെ ഉള്ള കുഴപ്പത്തിൽ മുഖ്യ കുഴപ്പം അതാണ് നന്മ വന്നോ ഇല്ലയോ തിന്മ വരും അതുകൊണ്ട് എല്ലാവരും നിന്നും ഉപദേശമൊക്കെ സ്വീകരിക്കുക വഴിയൊക്കെ എടുത്തുകൊള്ളുക പക്ഷെ നമുക്ക് ആദർശമായിട്ട് കണക്കാക്കുമ്പോൾ സർവസംഘപരിത്യാഗികളും ലോകത്തിൽ പുറമേക്ക് ഗ്ലാമറില്ലാത്തവരും ഒക്കെ ആളുകളെ നമ്മൾ അടുത്ത് പെരുമാറിയാൽ നമുക്കും കാര്യം എളുപ്പമാവും ശാന്തി അതാണ് മുഖ്യം ബാഹ്യമായിട്ടൊക്കെ നേടിയെടുക്കണമെങ്കിൽ നമുക്ക് വിഷമമാണ് ഒന്നുമില്ലാത്ത ആളുകളെയൊക്കെ നമ്മൾ ആദർശമായ ഉള്ളിൽ വെച്ചാൽ നമുക്ക് ശാന്തി ഉണ്ടാവും സമാധാനം ഉണ്ടാവും അമാനിത്വം അധംഭിത്വം അഹിംസ അഹിംസ എന്ന് വെച്ചാൽ ഹിംസയില്ലാതിരിക്കുക ഒരാളെയും മനസാ വാചാ കർമ്മണ ഹിംസിക്കാതിരിക്കുക മഹർഷിയോട് ഒരു ആള് ചോദിച്ചു കൊതുക് കടിക്കുമ്പോ അടിക്കണോ വേണ്ടയോ അത് ഹിംസയിൽ പെടുവോ കാര്യമായിട്ട് ചോദിച്ചതാണ് മഹർഷി പറഞ്ഞു ഈ കൊതുക്ന്ന് എനക്ക് ഒരു ഉപദേശം തരുന്നു അത് സ്വീകരിക്കൂ കൊതുക് എന്താ ഉപദേ നീ ദേഹമല്ല നീ ദേഹമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത്ര കടിക്കണത് നു ഞാൻ ദേഹമാണ് അഹിംസ അഹിംസയുടെ മുഖ്യ ലക്ഷണം ആന്തരികമാണ് ബാഹ്യമല്ല മുഖ്യമായിട്ടും ഭഗവാൻ യുദ്ധഭൂമിയിൽ ഇരുന്നു കൊണ്ടാണ് അഹിംസ എന്ന് പറയണത് അഹിംസയുടെ മുഖ്യഭാവം ആന്തരികമാണ് എന്നുവെച്ചാൽ യൊക്കെ ആളുകൾ തിന്നുന്നുണ്ടല്ലോ കഴിയുന്നതും ഈ തിന്നുന്ന ആളുകളെ കൊണ്ട് തന്നെ കൊല്ലിപ്പിച്ചാൽ പകുതി ആളുകളും തിന്നില്ല കൊല്ലാവ്രതം അതിലും തിന്നാവ്രതം ഉത്തമം എന്നാണ് എന്താന്ന് വെച്ചാൽ തിന്നുന്നവൻ തിന്നുന്നു എന്നുള്ള പാപം മാത്രമല്ല വേറെ ഒരുത്തനെ കൊണ്ട് തനിക്ക് വേണ്ടി കൊല്ലിക്കുന്നു എന്ന പാപവും അയാളുടെ കൂടെ ഉണ്ട് തിന്നുന്നത് കൊണ്ട് എനിക്ക് പാപമില്ല എന്ന് ധരിക്കേണ്ട തിന്നുന്നതോടൊപ്പം കൊല്ലിക്കുന്ന പാപവും കൂടെയുണ്ടെന്നാണ് ഇപ്പൊ ഹിംസ അസൂയാവൃത്തി തന്നെ ഹിംസയാണ് വേറൊരു വിധത്തിൽ പറയുമ്പോൾ മറ്റുള്ളവരുടെ മേലെ അസൂയ വരുമ്പോൾ ഹിംസയാണ് വെറുപ്പ് വരുമ്പോൾ ഹിംസയാണ് നമ്മളറിയാതെ മറ്റുള്ളവരെ ഹിംസിച്ചു കഴിഞ്ഞു നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ ഹിംസയാണ് നമ്മളറിയാതെ ഹിംസിച്ചു നമ്മളെയും ഹിംസിച്ചു അവരെയും ഹിംസിച്ചു ആദ്യം നിങ്ങളുടെ നേരെ എനിക്ക് വെറുപ്പ് വന്നാൽ എന്നെ ആദ്യം ഞാൻ ഹിംസിച്ചു പിന്നെ നിങ്ങളെ ഹിംസിച്ചു വെറുപ്പെന്നുള്ള വികാരം എന്റെ ഉള്ളിൽ വന്നപ്പോൾ എന്നെ ഹിംസിച്ചു പിന്നെ നിങ്ങളെ ഹിംസിച്ചു അതില്ലാത്ത സ്ഥിതി എല്ലാവരിലും ഒരേ ആത്മാവാണുള്ളതെന്ന് കണ്ട ജ്ഞാനിക്ക് ഹിംസയില്ല അയാളിൽ ഹിംസ വൃത്തി ഉണ്ടാവണില്ല അപ്പൊ അഹിംസ പരമോധർമ്മ എന്ന് വ്യാസഭഗവാൻ പറഞ്ഞു അഹിംസ പരമധർമ്മമാണ് അഹിംസ ബലവാന്റെ അഹിംസയാണ് പേടിത്തൊണ്ടന്റെ അല്ല ഉള്ളിൽ തല്ലണമെന്നുണ്ട് വയ്യാത്തതുകൊണ്ടും ഉണ്ടാതിരിക്കുകയല്ല മഹാത്മാഗാന്ധിയുടെ ഒരു വളരെ നല്ല കഥ ഒരിടത്ത് ഒരു എസ്റ്റേറ്റ് ഓണർ വെള്ളക്കാരനാണ് സായിപ്പാണ് എസ്റ്റേറ്റിൽ ചായ എസ്റ്റേറ്റിൽ ജോലിക്കാർക്കൊന്നും ശരിക്കും കൂലി കൊടുക്കണില്ല അവരെയൊക്കെ ഉപദ്രവിക്കണോ ഈ ജോലിക്കാരൊക്കെ കൂടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ ഭാഗമായിട്ട് ഗാന്ധിജി എന്ത് വെച്ചാൽ അവിടെ എവിടെ ചെയ്യുന്ന ഓരോ അക്രമത്തിനിടെയും അവിടെ പോയിട്ട് അദ്ദേഹം ശബ്ദമുയർത്തും അങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ഭാഗമാണതും അപ്പോൾ ഈ എസ്റ്റേറ്റിലുള്ളവരൊക്കെ ഗാന്ധിജിയുടെ അടുത്ത് ഈ ന്യൂസ് ചെല്ലുകയും പറയുകയും ഗാന്ധിജി ഇതിനെതിരെ റിവോൾട്ട് ചെയ്യാൻ ഒരു വിപ്ലവം തുടങ്ങാൻ ഉദ്ദേശിക്കുകയും ചെയ്തപ്പോ ആ ന്യൂസ് എത്തിയ ഈ ഇംഗ്ലീഷുകാരൻ പറഞ്ഞു ഗാന്ധിയെ എവിടെയെങ്കിലും കണ്ടാൽ ഐ വിൽ ഷൂട്ട് ഹ്യം വെടിവെച്ച് കൊല്ലണം എന്റെ എസ്റ്റേറ്റിന്റെ ഏരിയയിൽ എവിടെയെങ്കിലും കണ്ടാൽ അല്പം പോലും ചിന്തിക്കാതെ വെടിവെക്കണം എന്ന് പത്രത്തിൽ കൊടുത്തു അദ്ദേഹം അങ്ങനെ പ്രഖ്യാപിച്ചതായിട്ട് അപ്പൊ ഗാന്ധിജിയുടെ അനുകൂലികളായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ആളുകളൊക്കെ ഗാന്ധിജിയോട് പറഞ്ഞു ആ വഴിക്കൊന്നും അങ്ങ് പോവരുത് അയാൾ എന്തും ചെയ്യാൻ അതുകൊണ്ട് ഈ ഒരു വിപ്ലവത്തിന്റെ പേര് പറഞ്ഞ് നമ്മൾ ഈ ചെറിയ ഒരു എസ്റ്റേറ്റാണ് അതൊന്നും നമ്മുടെ സ്വാതന്ത്ര്യ വലിയ ഭാഗമൊന്നുമല്ല ഇതൊക്കെയാണ് ഹ്യൂമൻ ക്ലവർനസ് അതുകൊണ്ട് നമുക്കതിനെ ഒതുക്കിയിട്ട് പോണതാണ് വഴി അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോണ്ട വെറുതെ ആ എടാകൂടത്തിൽ പോയി ചാടേണ്ട അയാൾ വെടിവെക്കും ഷൂട്ടിംഗ് അയാൾ എത്രയോ പേരതുപോലെ വെടിവെച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് അനുകൂലമാണ് അവർക്ക് അങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞു ഗാന്ധിജി ഒന്നും പറഞ്ഞില്ല അടുത്ത ദിവസം രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണി സമയത്ത് ഈ സാഹിബിന്റെ വീട്ടിൽ പോയി വാതിൽ തട്ടി ആ ബംഗ്ലാവിൽ തനീയ ഇത് ആനന്ദാശ്രമം മാഗസിൻ വിഷനിൽ ഈ കഥയിട്ടിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ പോയി വാതിൽ തട്ടി ഇയാൾ രാത്രി ഒരു മണിക്ക് പെരുവെറുത്തുകൊണ്ട് കഥകൾ തുറക്കുമ്പോൾ ഗാന്ധി അവിടെ നിൽക്കണ്ട ഒന്നും തനിച്ച് വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ ഗാന്ധിയാണ് മോഹൻദാസ് ഗാന്ധിയാണ് അങ്ങയ്ക്കോ എനിക്കും വിരോധമൊന്നുമില്ല എന്നെ വെടിവയ്ക്കുമെന്ന് ഒരു പ്രഖ്യാപനം പത്രത്തിൽ കണ്ടു അങ്ങനെ അങ്ങ് ഓപ്പണായിട്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങ് വെടിവെച്ചാൽ വലിയ വിപ്ലവം ഉണ്ടാവും അങ്ങയ്ക്ക് തന്നെ ഹാനിയുണ്ടാവും അതുകൊണ്ട് ഞാൻ തനിയെ വന്നിരിക്കുകയാണ് ആർക്കും അറിയില്ല ഞാനിവിടെ വന്നത് ശങ്കരൻ ഭൈരവിന്റെ അടുത്തേക്ക് പോയ പോലെ ആർക്കും അറിയില്ല ഞാനിവിടെ വന്നിരിക്കുന്നത് ഇപ്പൊ എന്നെ അങ്ങ് കൊന്നിട്ട് കുഴിച്ചു മുഴിയാൽ അങ്ങയുടെ കൂട്ടത്തിലുള്ളവർക്കോ പുറത്തുള്ളവർക്കോ ആർക്കോ അറിയില്ല അങ്ങയ്ക്കും ഹാനി ഉണ്ടാവില്ല ചെയ്യാം ഇതാണ് അഭയം എന്ന് പറയണത് അഹിംസ ഇവിടുന്നാണ് അഹിംസ ഉണ്ടാവുന്നത് അയാളൊന്നും ചെയ്തില്ല അടുത്ത ദിവസം അദ്ദേഹം തന്നെ എസ്റ്റേറ്റൊക്കെ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു ഗാന്ധി ഈ സൈഡ്സൊക്കെ നമ്മൾ മഹാത്മാക്കൾ നോക്കിയ ഒരു ശങ്കരന് ഭൈരവൻ ഉഗ്രഭൈരവൻ തലവേണമെന്ന് ചോദിക്കുമ്പോൾ നടുരാത്രിയിൽ എഴുന്നേറ്റ് ശങ്കരനും ഉഗ്രഭൈരവന്റെ സ്ഥലത്തിലേക്ക് പോയി ഇരിക്കാൻ സാധിക്കുമെങ്കിൽ എന്ത് ശക്തിയാണത് ഒരു പ്രാണിയും ഹിംസിക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ സന്യാസവ്രതം അഭയം സർവഭൂതേഭ്യ എന്നാണ് സന്യാസവ്രതം അതിന്റെ ഭാഗമാണ് ഈ ധൈര്യവും അപ്പോ അഹിംസ അമാനിത്വം അദംഭിത്വം അഹിംസ ഒരു പ്രാണിയും ഹിംസിക്കണില്ല ഉള്ളുകൊണ്ട് വേറത്താൽ ഹിംസിച്ചു കഴിഞ്ഞു നമ്മൾ പുറമേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അല്ലേ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞാൽ മതി ആദ്യം നശിക്കുന്നത് ഞാനാണപ്പോ ആ പറഞ്ഞ ഉടനെ എന്റെ മനസ്സ് ചുരുങ്ങി ബ്ലഡ് പോയിസൺഡായി നാടി ഞരമ്പുകളൊക്കെ പിരിമുറുക്കൊണ്ടായി ഉള്ളിൽ അഹങ്കാരം ഫലപ്പെട്ടു അശാന്തിയുണ്ടായി ഞാൻ ആദ്യം എന്നെ ഹിംസിച്ചു ആത്മാനം ഹിംസിച്ചു എന്നെ തന്നെ ഹിംസിച്ചു എന്നിട്ട് മറ്റുള്ളവനെ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും എന്റെ മനസ്സ് അശാന്തമാവും ഈ വൃത്തികളൊക്കെ നീക്കുന്നതാണ് യോഗത്തിന്റെ പടിയെ അമാനിത്വം അദമ്പിത്വം ഇതൊക്കെ ചിത്തവൃത്തികളാണ് ചിത്തവൃത്തികൾ ഈ രൂപത്തിലൊക്കെയാണ് വരിക ഇതൊക്കെ തന്നെ അഹങ്കാരഗ്രന്ഥിന്റെ ഗ്രന്ഥിയുടെ കൂട്ടുകെട്ടുകളാണ് അതൊക്കെ മാനം ദമ്പം ഹിംസ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ട് പറയും ഇങ്ങോട്ട് തല്ലുക അങ്ങോട്ട് തല്ലും അല്ലെ ഇതൊക്കെ ഹിംസയുടെ ഭാഗമാണ് അഹിംസ ശാന്തിഹി ശാന്തി എന്ന് വെച്ചാൽ ക്ഷമാ പരാപരാധപ്രാപ്തൗ അവിക്രിയ പരൻ ഇങ്ങടെ അപരാധം ചെയ്താലും ഒരു വികാരവും ഇല്ലാതിരിക്കുക എന്നാണ് വിക്രിയയില്ലാതിരിക്കുക ഇതൊക്കെ തന്നെ സന്യാസവർത്തവും ഭക്തനുള്ള ലക്ഷണങ്ങളൊക്കെയാണ് കേട്ടോ ജ്ഞാനത്തിനുള്ള ലക്ഷണവും നമുക്ക് യോഗം എന്നുള്ള ഉയർന്ന പടിയിലേക്ക് പോകണമെങ്കിൽ ഇതൊക്കെ അംഗീകരിക്കണം ദുഃഖ അംഗീകരിച്ചു സമൂഹത്തിലിരിക്കാൻ പറ്റൂ ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല സമൂഹം ആണ് നിങ്ങൾക്ക് മുഖ്യമെങ്കിൽ നിങ്ങൾ നിങ്ങളെയും നശിപ്പിക്കും സമൂഹത്തിനെയും നശിപ്പിക്കും നിങ്ങൾക്ക് നിങ്ങളാണ് മുഖ്യമെങ്കിൽ നിങ്ങൾ നിങ്ങളെയും നന്നാക്കും സമൂഹത്തിനെയും നന്നാക്കും അതാണ് ഇതിലൊരു വിചിത്രത നമ്മൾ വിചാരിക്കുന്നു അവനവനെ നന്നാക്കാൻ പുറപ്പെട്ട സ്വാർത്ഥതയാണെന്നാണ് സമൂഹ സേവനം ചെയ്യണം സമൂഹ സേവനം ചെയ്യേണ്ടത് ആദ്യം അവനവന്റെ വീട്ടിലുള്ള ഡ്രെയിനേജ് ക്ലീൻ ചെയ്തിട്ടാണ് ഇവിടെ മുഴുവൻ നാറണു എന്നിട്ടാണ് പുറത്ത് പോയിട്ട് എന്ത് ചെയ്യും മാത്രമല്ല നിങ്ങൾ യു ആർ കോൺസ്റ്റന്റ് ഡിസ്റ്റർബിംഗ് സൊസൈറ്റി തിൽ യു കാരി യുവർ ഡ്രെയിനേജ് വിത്ത് യു കാര്യ ഭർത്താവ് ഭർത്താവ് നാറുന്ന സോക്സ് ഇട്ടുകൊണ്ട് നടക്കുമത്ര അങ്ങനെ കഥ കേട്ടിട്ടുണ്ട് അപ്പൊ ഭാര്യ പറഞ്ഞു ഈ സോക്സ് ഇട്ടിട്ട് ഇന്നത്തെ കല്യാണ പാർട്ടിക്ക് വരരുത് കേട്ടോ അര കിലോമീറ്റർ ദൂരത്തുനിന്ന് ആറുണ്ടതെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ശരി പുതിയ സോക്സ് വാങ്ങിച്ചു കൊടുത്തു ഭാര്യ അതൊക്കെ ഇട്ടു കുറെ കഴിഞ്ഞിട്ട് കല്യാണത്തിലേക്ക് അദ്ദേഹം കുറച്ചു കഴിഞ്ഞ് വന്നു വന്നപ്പോ നാറ്റം അവിടെ മുഴുവൻ ഭാര്യ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് സോക്സ് മാറ്റാൻ പറഞ്ഞില്ലേ മാറ്റി പഴയത് ഞാനിത് ആ പാക്കറ്റിൽ ഇട്ടിട്ടുണ്ട് കൊണ്ടുവന്ന മാറ്റിയെന്ന് കാണിക്കാനാണെന്ന കൊണ്ട് നടക്കുകയാണ് നമ്മളുടെ ഡ്രെയിനേജ് നമ്മളെങ്ങനെ സമൂഹ സേവ ചെയ്യും സമൂഹത്തെ എങ്ങനെ ഉദ്ധരിക്കും നമ്മളുടെ വാസനയെ നീ അതാണ് പറഞ്ഞത് സനാതനധർമ്മം വ്യക്തിനിഷ്ഠമാണ് സമൂഹനിഷ്ഠമല്ല സനാതനധർമ്മം ആത്മനിഷ്ഠമാണ് നമ്മള് സെമിട്ടിക്ക് മതങ്ങളെ അനുകരിച്ചുകൊണ്ടാണ് ഹിന്ദുമതത്തിന് ഒരു പൗണ്ട്രക വാസുദേവനെ ഉണ്ടാക്കുകയാണ് ഹിന്ദുമതം എന്ന് പറഞ്ഞിട്ടിപ്പോ നമ്മൾ हिंदुम इराजयू पराजय पराजयू आत्मनिष्ठा प्रवर्क सनातन धर्म आत्मनिष्ठनवस्वा निस्वान आो प्रयोजन അപ്പൊ ആദ്യം തന്നിൽ ശ്രദ്ധ പതിപ്പിക്കുക സ്വാമി രാമതീർത്ഥൻ ഗംഗാ അമേരിക്കയിലെ ഒരു നദീതീരം സാക്രമെന്റോ നദിയുടെ തീരത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെള്ളക്കാരൻ പറഞ്ഞു വൈ ആർ യു ഇമ്പോർട്ടിംഗ് സ്വാമി വൈ ആർ യു സോ ലേസി വൈ ആർ യു ഇമ്പോർട്ടിംഗ് ഏഷ്യാറ്റിക് ലേസിനെസ് ടു അമേരിക്ക വൈ ഡോണ്ട് യു ഡു സം ഗുഡ് ടു ദ വേൾഡ് ഏഷ്യാകാർക്ക് സ്വന്തമായിട്ടുള്ളതാണ് അത്ര അത് എന്തിനാ ഞങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് എന്തെങ്കിലും നല്ലത് ചെയ്തുകൂടെ ലോകത്തിൽ പോയിട്ട് അപ്പൊ സ്വാമി പറഞ്ഞു മൈ ഡിയർമാൻ ഇസ് ഇറ്റ് നോട്ട് ദാറ്റ് ബിസിനസ് ഓഫ് ഡൂയിങ് ഗുഡ് ഓൾറെഡി ഓവർ ക്രൗഡഡ് യു വോണ്ട് ടു ഷോപ്പ് ഇ ടി ടു അതേ ഫസ്റ്റ് ഷോപ്പ് ഇ നീ എവിടെ നോക്കിടക്കണം അതളപാതാലത്തിൽ കിടക്കണു മറ്റുള്ളവനെ ഉദ്ധരിക്കണം ഞാനിങ്ങനെ ഉദ്ധരിക്കും എന്നിലെ അനേക ദൗർബല്യങ്ങളാണ് എന്നിലെ അനേക കുഴപ്പങ്ങളാണ് നിങ്ങളുടെ കുഴപ്പങ്ങളും ദൗർബല്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ ഉദ്ധരിക്കുമെന്ന് എങ്ങനെ പറയും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിപ്പോ ഞാൻ ഇപ്പൊ ഗീത പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ടിയാണ് നിങ്ങളൊരു ഉപാധി നമ്മൾ തമ്മിലൊരു സമ്പർക്കം അത്രയേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ നന്നാവണുണ്ടോ ഉയർന്നു വരുന്നുണ്ടോ ചോട്ടിൽ പോകണുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഓരോ കർമ്മങ്ങളിലും ഓരോ കാര്യത്തിലും ആത്മനിഷ്ഠമായിട്ടിരിക്കുക എന്നുള്ളതാണ് ഋഷികളുടെ മാർഗം സനാതനധർമ്മം അപ്പൊ അത് അങ്ങനെയാവുമ്പോഴേ ഈ ഗുണങ്ങളൊക്കെ പ്രയോജനപ്പെടുള്ളൂ അമാനിത്വം അദമ്പിത്വം ഇന്നിതൊന്നും പ്രയോജനപ്പെടില്ല അധ്യാത്മമാർഗത്തിൽ പോലും പ്രയോജനപ്പെടില്ല കാരണം എന്താ ഒരിടത്ത് പ്രഭാഷണത്തിന് വിളിക്കുമ്പോൾ അവർ പറയണത് നിങ്ങൾ നിങ്ങളുടെ ഒരു ബയോഡാറ്റ അയച്ചു തരുമോ എന്നാണ് എന്ന് വെച്ചാൽ ദമ്പം എന്തൊക്കെ ദമ്പ ഉണ്ടോ അതൊക്കെ എഴുതണം അദ്ദേഹത്തിന് അവിടുന്ന് അവാർഡ് കിട്ടി ഇവിടുന്ന് അവാർഡ് കിട്ടി അദ്ദേഹത്തിന് ഇന്നെന്ന ആളുകളും മാനിച്ചു അമേരിക്കയിൽ ഇത്ര പ്രാവശ്യം പോയിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ എഴുതി കൊടുത്തിട്ട് നോട്ടീസ് അടിച്ചാലേ അവർക്ക് ആൾ വരുള്ളൂ എന്നാണ് അവർ പറയണത് അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഇതൊക്കെ എഴുതിത്തരൂ ഇതൊക്കെ വേണം ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ തലപ്പിലിരിക്കുന്ന ആളാണെന്നൊക്കെ പറയണം അപ്പൊ സമൂഹത്തിൽ ഇതൊക്കെ വേണം അധ്യാത്മമാർഗ ാണെങ്കിലും സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോ മാനം ദമ്പത്തിനെ നമ്മൾ അംഗീകരിക്കും അദ്ദേഹം സമൂഹജീവിയാണ് പിടിച്ചില്ല പറഞ്ഞപ്പോ അമാനിത്വം അദമ്പിത്വം അഹിംസ ശാന്തി പരൻ അപരാധം ചെയ്താൽ പോലും ശാന്തി രാമൻ അവസാനം പേരെ വിഭീഷണൻ ശരണാഗതി ചെയ്യുമ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുന്നു രാവണനാണെങ്കിൽ ഞാൻ കൊടുക്കാം അഭയം വിഭീഷണോ വാ സുഗ്രീവാ യടിവാ രാവണസ്വയം രാവണനെ യുദ്ധത്തിൽ വധിക്കേണ്ടി വരുന്നവരെ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് രാവണ വധത്തിനു ശേഷവും രാവണൻ എന്നൊരാൾ രാമന്റെ കോൺഷ്യൻസിലില്ല കോൺഷ്യസ്നസ്സിലില്ല രാവണൻ എന്നൊരാൾ ജനിക്കുകയോ മരിക്കുകയോ ചെയ്തിട്ടില്ല അതാണ് രാമന്റെ ആശ്ചര്യം വിഭീഷണനന്റെ ഉള്ളിൽ രാവണനുണ്ട് തന്റെ ഏട്ടനാണ് സ്നേഹമുണ്ടായിരുന്നു പിന്നീട് വെറുപ്പുണ്ടായി വിഭീഷണൻ പറയു രാവണന് ഞാൻ ഉദകക്രിയ ശ്രാദ്ധമൊന്നും ചെയ്യില്ല രാമൻ പറയു നീ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യും പ്രിയതാമസ്യ സംസ്കാര മമാപ്യേഷ തനിക്കെങ്ങനെയാണോ അതുപോലെയാണോ എനിക്കും അയാൾക്ക് വേണ്ടതൊക്കെ അല്ലെങ്കിൽ ഞാൻ ചെയ്യാം അവിടെ എന്താ വെറുപ്പും ദ്വേഷവും ഇല്ല ഉള്ളിലും വ്യവഹാരത്തിൽ യുദ്ധം വേണ്ടി വന്നാൽ പോലും വെറുപ്പ് കൊണ്ടല്ല ധർമ്മം കൊണ്ട് മാത്രം ക്ഷാന്തിഹി പരം തന്നോട് അപരാധം ചെയ്താൽ പോലും അതിന് ക്ഷമ എന്നും തിദിക്ഷ എന്നും വേദാന്തികൾ പറയും സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിക്ഷാനിക കുടുംബത്തില് നമ്മളെ പലരും പലതും പറയണു ഒക്കെ പറഞ്ഞു കഴിയുമ്പോഴും കേട്ടുകൊണ്ടേയിരിക്കാം ഒന്നും നമ്മൾ പറയണമെന്ന് എടുക്കാതിരിക്കുക എന്തൊക്കെ തന്നെ പറഞ്ഞാലും തിരിച്ചൊന്നും പറയാതിരിക്കുക തലയാട്ടിക്കൊള്ളുക അത്രയും സാധ്യമെങ്കിൽ ഏകനാഥസ്വാമിയെക്കുറിച്ച് പറയും ഒരാളെ സ്ക്രൂ ചെയ്ത് വിട്ടു സ്വാമിയെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് അയാൾ ഒരു മണിക്കൂർ നേരം നിന്ന് സ്വാമിയെ പലതുമില്ലാത്ത ആരോപണങ്ങളൊക്കെ പറഞ്ഞ് ചെയ്തു പറഞ്ഞു എല്ലാം സ്വാമി കേട്ടുകൊണ്ടിരുന്നിട്ട് അവിടെ വെച്ചിരുന്നു ഒരു ചൊമ്പ് പാല് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു കുടിക്കൂ വളരെ ഭാവത്തോടെ എത്ര നേരമായി ആർജവം ആർജവം എന്ന് വെച്ചാൽ സ്ട്രേറ്റ് ഫോർവേർഡ്നസ് ഒന്നും വളവ് ഒടിവ് വളവൊന്നുമില്ല ഉള്ളിൽ പുറത്തൊന്നും പറഞ്ഞ് അകമയ്ക്കൊന്നുമില്ല തമിഴില് രാമലിംഗ സ്വാമികൾ പാടി ഉള്ളൊണ്ട് വിത്ത് പുറമൊണ്ട് പേശുവാർ ഉറവ് കലവാമൈ വേണ്ടും ഉള്ളിലൊന്നും വെച്ചിട്ട് വായുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ അവരുടെ കൂടെ കൂടാനേ പാടില്ല എന്നാണ് എന്താ അതാണ് സത്യവാക്ക് എന്ന് പറയണത് ഉള്ളിൽ വരണത് അതാണ് ഉപനിഷത്ത് ആദ്യം തന്നെ തുടങ്ങുമ്പോ തന്നെ വാങ്്മേ മനസി പ്രതിഷ്ഠ മനോമേ വാചി പ്രതിഷ്ഠം ആവീരാവീർമാ ഏധി വേദസ്യ മാണീസ് മേ മാ പ്രാസീ അനേന അധീതന അഹോരാത്രാൻ ഋതം വച്ച് സത്യം വച്ച് എന്നൊക്കെ പറയണത് ഞാൻ സത്യം പറയണം ഉള്ളതേ പറയാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ എന്റെ ഉള്ളിൽ തോന്നണതായിരിക്കും ഞാൻ പറയണത് പറയണ വാക്ക് മനസ്സിന് പ്രതിഷ്ഠിതമായിരിക്കും വാക്ക് പറയുമ്പോൾ ബ്രാഹ്മമാവാം ക്ഷത്രമാവാം വിഷമാവാം ശൂദ്രമാവാം വാക്കിൽ വർണ്ണങ്ങളുണ്ട് നിങ്ങൾക്ക് അറിവുണ്ടാകണമെന്ന ഹിതചിന്തയോടുകൂടെ വരുമ്പോൾ ആ വാക്ക് ബ്രാഹ്മമാണ് നിങ്ങളെ നിയന്ത്രിച്ച് എന്റെ പിടിയിൽ നിർത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വാക്ക് പറഞ്ഞാൽ ക്ഷാത്രമാണ് നിങ്ങളിൽ നിന്ന് വല്ലതും എനിക്ക് ഇങ്ങോട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞാൽ അത് വൈശ്യമാണ് നിങ്ങളിൽ ഇന്ദ്രിയകാമനയോടുകൂടിയോ അല്ലെങ്കിൽ ദാസ്യഭാവത്തോടുകൂടിയോ ഞാൻ വാക്ക് പറഞ്ഞാൽ ആ വാക്ക് ശൂദ്രമാണ് ഒരേ വാക്കിന് തന്നെ ഈ നാല് സ്വഭാവമുണ്ട് ഒരേ വാക്ക് തന്നെ പറയുമ്പോൾ അതിനു പുറകിലുള്ള ഭാവം അതിൽ റയും ഇൻപ്രഗ്നേറ്റഡ് വേർഡ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ ഗർഭത്തിൽ നിറയണ പോലെ വാക്കിന്റെ പുറകിൽ പറയുന്ന ആളുടെ ഭാവം നിറയും പറയുന്ന ആൾക്ക് എന്ത് ഉദ്ദേശമുണ്ടോ ആ ഉദ്ദേശം വാക്ക് എന്ത് ഭാഷയായാലും ശരി ഈ ഉദ്ദേശം കേൾക്കുന്നവരുടെ ഉള്ളിൽ അൺകോൺഷ്യസ് ആയിട്ട് വേല അതുകൊണ്ട് പറയുന്ന ആളുടെ ഉള്ളിൽ ദുർവാസന ഉണ്ടെങ്കിൽ ദുർവാസനയും വരും ശാന്തി ഉണ്ടെങ്കിൽ ശാന്തിയും വരും ആനന്ദമുണ്ടെങ്കിൽ ആനന്ദം വരും വാക്കിന് പുറകിൽ ഒക്കെ നിൽക്കും അപ്പൊ ആർജവമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കെ വേദാന്തം പറ്റുള്ളൂ അർജുനൻ ആർജവമുള്ളവനാണോ ആർജവമുണ്ടെങ്കിൽ ഹൃദയത്തിൽ വേറെ ഒരു ഉദ്ദേശവും ഇല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോ കേൾക്കുമ്പോൾ തന്നെ മറ്റൊരു ഉദ്ദേശവും കേൾക്കണതുകൊണ്ടില്ലെങ്കിൽ കേൾക്കുന്നത് കൊണ്ട് തന്നെ സാക്ഷാത്കാരം ഉണ്ടാവണം ബോധം വാസന കൊണ്ട് കളങ്കിതമാവാതിരുന്നാൽ ശ്രവണം കൊണ്ട് തന്നെ പ്രത്യവിജ്ഞയുണ്ടാവും ബോധത്തിൽ വാസന കലങ്ങണത് എനിക്ക് ഉദ്ദേശമുള്ളതുകൊണ്ടാണ് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായാൽ മതി ഇതിങ്ങനെ കേട്ടു പഠിച്ചിട്ട് മറ്റുള്ളവരോട് പറയണം എന്നുദ്ദേശം ഉണ്ടായാലും മതി പറയണതുകൊണ്ട് തെറ്റില്ല പക്ഷെ ആ ഉദ്ദേശമാണ് തെറ്റുന്നത് അതിനുവേണ്ടിയാണ് കേൾക്കണതെന്നായിപ്പോവന്നുമില്ലെങ്കിൽ കേൾക്കുന്നത് തന്നെ ഫലിക്കും ഇല്ല അദ്ദേഹം എങ്ങനെ പറയണമെന്ന് കേൾക്കാം അല്ലെങ്കിൽ ഇതിലെന്താ ഉള്ളതെന്ന് അറിയ ഒരു ഉദ്ദേശവുമില്ലെങ്കിൽ ശുശ്രൂഷുഭിഹി തക്ഷണാത് ആർജവം ജ്ഞാനമാർഗത്തിൽ വളരെ പ്രധാന ഒരു കുട്ടിലത്തെയും ഒരു കുടിലതയും നടുവിലില്ലെങ്കിൽ കേൾക്കുന്നത് കൊണ്ട് സത്യം പ്രകാശിക്കും അമാനിത്വം അതമ്പിത്വം അഹിംസ ശാന്തി ആർജവം ഈ ഗുണങ്ങളൊക്കെ തന്നെ സർവഗുണസമ്പന്നനും ജ്ഞാനനിഷ്ഠനുമായ ഒരു ആചാര്യന്റെ സാന്നിധ്യം കൊണ്ടുവരാം നമ്മളിൽ ദോഷം അദ്ദേഹം ചീത്ത പറഞ്ഞിട്ടോ ഉപദേശിച്ചിട്ടോ സാന്നിധ്യം കൊണ്ട് മാത്രമോ പല ആചാര്യന്മാർ പല വിധത്തിലായിരിക്കാം ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള ആചാര്യൻ വേണം ശൈവസിദ്ധാന്തത്തിൽ പറയും കർമ്മമലം മായാമലം ആണവമലം എന്ന മൂന്ന് മലങ്ങളുള്ള ആളുകൾക്ക് ബാഹ്യമായ ഒരാള് ചീത്ത പറയാനും പറഞ്ഞു കൊടുക്കാനും ഉപദേശിക്കാനും ഒക്കെ വേണമെന്ന് മായാമലമില്ലാത്ത ആളുകൾക്ക് എന്ന് വെച്ചാൽ ഈ ജന്മത്തില് ഉണ്ടാക്കിയ ഇല്ലെങ്കിൽ ഉള്ളില് കൊണ്ടുവന്നിട്ടുള്ളത് മാത്രമേ ഉള്ളൂ അവർക്ക് എന്തെങ്കിലും ഉപാസന കൊണ്ടും ഭക്തി കൊണ്ടുമൊക്കെ തന്നെ പതുക്കെ ചിത്തശുദ്ധി ഉണ്ടായി ജ്ഞാനത്തിന് വഴിതെളിയും ആണവമലം മാത്രമേ ഉള്ളൂവെങ്കിൽ അവർക്ക് ആത്മാ തന്നെ ഗുരുവായിട്ട് തീരു ഉള്ളുന്ന തന്നെ ഉപദേശവും ജ്ഞാനവും സാക്ഷാത്കാരവും ഒക്കെ വളരെ വിരളമാണ് അങ്ങനെയുള്ളവർ അധികം പേർക്കും ഈ മൂന്ന് മലവും അതിൽ കൂടുതൽ വലുതുണ്ടെങ്കിൽ അതും ഉണ്ടാവും അപ്പോ ആചാര്യോപാസനം ആചാര്യോപാസനം എന്ന് വെച്ചാൽ ഒരാചാര്യന്റെ അടുത്തിരുന്ന് അറിയുക ആചാര്യനാരാണ് ആചിനോതിഹി ശാസ്ത്രാണി ആചാര്യെ സ്ഥാപയറ്റബി സ്വയമാചരതേ ചെയ് തസ്മാചാര്യ ഉക്ഷത്തെ ശാസ്ത്രങ്ങളെയൊക്കെ നല്ലവണ്ണം അറിയുകയും തന്റെ ആചാരത്തിൽ സ്ഥാപിക്കുകയും സ്വയം ആചരിക്കുകയും ശിഷ്യന് ആ വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആചാര്യൻ അത്തരത്തിലൊരാചാര്യനെ കിട്ടുമെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം ഭഗവത്ഗീതയുണ്ട് ഭാഗവതമുണ്ട് നല്ല സദ്ഗ്രന്ഥങ്ങളുണ്ട് മഹാത്മാക്കളുടെ ദിവ്യചരിത്രങ്ങളൊക്കെ ഉണ്ട് അതിനെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് പൂർവാചാര്യന്മാരിൽ പെർഫെക്റ്റ് ആയിട്ടിരുന്ന മഹാത്മാക്കളെ ആരെങ്കിലും ആന്തരികമായി ഗുരുവായി ഭരിച്ച് അല്ലെങ്കിൽ ഭഗവാനെ തന്നെ ഗുരുവായി ഭരിച്ച് ആ സാന്നിധ്യത്തിനെ ഭാവന കൊണ്ട് കൽപ്പിച്ചുകൊണ്ടിരുന്നു കൊടുക്കാം ആരുടെങ്കിലും കിട്ടേണ്ട ആള് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയ ആളെ സ്വീകരിക്കുക എന്നുള്ള ഏർപ്പാട് ശരിയാവില്ല അധ്യാത്മത്തിൽ എന്താണെന്ന് വെച്ചാൽ ഗുണത്തിലേറെ ദോഷമുണ്ടാവും ഉപദേശങ്ങളും മന്ത്രോപദേശങ്ങളും ഒന്നും ഒരു സമയം വരുന്നവരെ ഉള്ളിൽ നിന്നും തെളിഞ്ഞു വേണമെന്ന ദാഹം വരുന്നവരെ അല്ലെങ്കിൽ നമുക്കും നല്ല ഉറപ്പ് നമ്മുടെ ഗുരുവായിട്ടോ ആചാര്യനായിട്ടോ സ്വീകരിക്കുന്ന ആളുടെ സ്വഭാവത്തിനെക്കുറിച്ചും തപസ്സിനെക്കുറിച്ചും അധ്യാത്മ അനുഭൂതിയെക്കുറിച്ചും നല്ല ഉറപ്പ് വരുന്നവരെ സ്വീകരിക്കരുത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഉപേക്ഷിക്കുകയും വരുത്തും മുമ്പ് നല്ലവണ്ണം പരീക്ഷിക്കുക സ്വീകരിച്ചു കഴിഞ്ഞാൽ രാത്രി സമയത്ത് അദ്ദേഹം പകലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക വിശ്വസിക്കൽ മാത്രമല്ല കാണണം പകലാണെന്ന് അങ്ങനെ കാണണം കാണണം എന്തിനു കാണണം കാണണം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സർവജ്ഞനാണെന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവണം പറഞ്ഞ് പിന്നെ അദ്ദേഹം എന്ത് അസംബന്ധം പറഞ്ഞാലും സ്വീകരിക്കാവുന്ന അത്ര അദ്ദേഹത്തിനെ ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ കൂടെ ഇരുന്ന് പരീക്ഷിക്കണമെന്നല്ല ശ്രദ്ധിച്ചാൽ മതി ആരെയും പോയി ഉപദ്രവിക്കൊന്നും വേണ്ട പള്ളിയിൽ അച്ഛൻ ഇവിടെ പ്രസംഗിച്ചു യേശു ക്രിസ്തു പറഞ്ഞു ചെകിടത്ത് അടിച്ചാൽ ഈ ചെകിട് കാണിച്ചു കൊടുക്കണമെന്ന് അപ്പൊ ഒരു പയ്യൻ പള്ളിയിൽ അച്ഛനെ പരീക്ഷിച്ചതാണ് ഇറങ്ങിയതും ചെകിടത്ത് അടിച്ചു അച്ഛൻ കാണിച്ചു കൊടുത്തു വളരെ ശാന്തമായിട്ട് ഇവിടെയും അടിച്ചു അത് കഴിഞ്ഞപ്പോ പിടിച്ച നല്ല പൂശി അച്ഛൻ പറഞ്ഞു ചെകിടത്ത് അടിച്ചാ ഇങ്ങോട്ട് കാണിച്ചു വെക്കണം എന്നല്ലേ പറഞ്ഞു അവിടെ നീ തല്ലിയ എന്ത് ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അതിന്റെ കോർട്ടിലാണ് ബാള ഇങ്ങനെയൊന്നും ടെസ്റ്റ് ചെയ്യരുത് ഈ രീതിയിലൊന്നും പോയിട്ട് പരീക്ഷിക്കരുത് പരീക്ഷിക്കുമ്പോ ശ്രദ്ധിച്ച അല്ലെങ്കിൽ ഉപേക്ഷിക്ക ഒന്നും തെറ്റില്ലല്ലോ ആരിടത്തും പോയി വാദിക്കോ ചണ്ട വേണ്ട ശ്രദ്ധിക്കുക നമുക്ക് ഉറപ്പ് വരുന്നതല്ല ആ ഉറപ്പ് വരും എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾക്ക് വേണ്ട ആളെക്കുറിച്ചുള്ള ഒരു ബീജരൂപം നമ്മളുടെ ഉള്ളിലുണ്ടാവും മനസ്സിലല്ല ആ ഭാവം നമ്മളെ സംബന്ധപ്പെടുത്തും അത് വരണവരെ സൂക്ഷിക്കാം മന്ത്രമോ വാക്കുകളോ ഒക്കെ തന്നെ സൂക്ഷിച്ചു മാത്രം സ്വീകരിക്കാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് നമ്മൾ പക്വമായാൽ പക്വമാവുന്നവരെ ഭഗവാനെ തന്നെ വെച്ചാൽ കൃഷ്ണനെയോ ശിവനെയോ അവർക്ക് അവർക്ക് ഇഷ്ടദൈവമായിട്ടുള്ളവരെയോ അല്ലെങ്കിൽ പൂർവാചാര്യന്മാരെയോ ആദിശങ്കരനെയോ വ്യാസനെയോ ദക്ഷിണാമൂർത്തിയോ ഒക്കെ വെച്ചാൽ അവരൊക്കെ ആചാര്യനായിട്ട് ഇരിക്കട്ടെ ഉപഗുരുക്കന്മാരായി ആരുമാണെങ്കിലും സ്വീകരിച്ചുകൊള്ളു ആരെടുത്തു വേണമെങ്കിലും വഴി കാണിച്ചു ഉപദേശം സ്വീകരിച്ചുകൊള്ളു ആ മാർഗം സ്വീകരിച്ചുകൊള്ളുക ഒക്കെ സ്വീകരിച്ചോളൂ ഒന്നും തെറ്റില്ല അവർക്കൊന്നും നമ്മൾ അടിമയല്ല അവിടെ നിന്നൊക്കെ എടുക്കുന്നു അവിടെ നിന്നൊക്കെ പ്രയോജനപ്പെടുത്തുന്നു നമുക്ക് ശരിക്കും ലക്ഷ്യം കാണിച്ചു തരുന്ന ഒരാളെ ഭഗവാൻ സമയമാവുമ്പോൾ കൊണ്ടെത്തിക്കും അതും പ്രകൃതി നിയമമാണ് അവിടെ ഒരു സംശയവും നമുക്കുണ്ടാവില്ല അങ്ങനെ ഒരു ആചാര്യനെ കിട്ടുമ്പോൾ ആചാര്യോപാസനം അത് വല്ല അനുഗ്രഹമാണ് കാരണം അഹങ്കാരം എന്ന് പറയുന്ന മഹാരോഗത്തിന് ഇതുപോലൊരു ദിവ്യൗഷധമില്ല അവിടെ ശിഷ്യന്റെ മാന്യതയ്ക്കാണ് പ്രാധാന്യം ഗുരു എന്തു പറയുന്നതും തന്നെ അടക്കാനായി ശിഷ്യന് ഉപയോഗിക്കാൻ തീരുമാനിക്കുകയാണ് അപ്പൊ ആചാര്യോപാസനം ശിഷ്യന് അഹങ്കാരക്ഷയത്തിന് കാരണമായിട്ട് തീരും ശാസ്ത്രജ്ഞാനമുണ്ടാവാനും കാരണമായിട്ട് തീരും ലക്ഷ്യത്തിനെക്കുറിച്ചുള്ള ബോധമുണ്ടാവാനും കാരണമായിട്ട് തീരും അധ്യാത്മാനുഭൂതി ദൃഢമാവാനും കാരണമായിട്ട് തീരും അതിൽ ആചാര്യോപാസനം ാം മൃജ്ജലാഭ്യാം പ്രക്ഷാളനം അന്തശമനസഹ പ്രതിപക്ഷ ഭാവനയാ ശരീരത്തിനെയും ശുദ്ധമാക്കി വയ്ക്കുക ആന്തരികമായിട്ട് മനസ്സിലുള്ള വിപരീത ഭാവനകളെയൊക്കെ സദ്ഭാവനകളുകൊണ്ട് സത്സംഗം കൊണ്ട് നീക്കുക ഇതിനാണ് ശൗചം എന്ന് പറഞ്ഞത് സ്നാനം മനോമലത്യാഗ എന്ന് ധർമ്മപുത്ര പറഞ്ഞു മനസ്സിലെ മലത്തിനെയും നീക്കുക ശരീരത്തിന്റെ മലത്തിനെയും നീക്കുക ഇത് രണ്ടും ശൗചമാണ് ശുദ്ധി ആത്മവിനിഗ്രഹ ഇന്ദ്രിയങ്ങളെ നിയന്ത്രണം ചെയ്യൽ ആത്മന അപകാരകതയാ ആത്മശബ്ദവാച്യ കാര്യകരണസങ്കാതെ വിനിഗ്രഹ ശരീരത്തിനെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ നിയന്ത്രിച്ച് ഭഗവതർപ്പണമാക്കി തീർക്കുക ഇതൊക്കെ ജ്ഞാനമാർഗത്തിലെ സാധനയിൽ വലിയ ഉപകാരകണങ്ങളാണ് തുടർന്ന് ഈ ലക്ഷണങ്ങൾ ഇനിയും ഭഗവാൻ പറഞ്ഞു വരുന്നു ഇതൊക്കെ നാളെ തുടർന്ന് കാണാം രാവിലെ പതിമണി സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോപ്രാംഗണരിഗണലോലമ പരമായാസം മായാക്കാ ഭുവന ക്ഷമാനമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദ പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദ പരമാനന്ദകുലയോഷി ുപാഗമുൂഢം വ്യതി സന്തുപാകർഷ നിർദ്ധൂദ്വയ ശോകവിമോഹം ബുദ്ധം ബുദ്ധേരന്തസ്ത സമാത്ര ശരീരം പ്രണമത ഗോവിന്ദം പരമാനന്ദ ോവിം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദ പരമാനന്ദണ കാരണമാതിമി കാഭാസം കാളിന്ദീഗത ശിരസി സുനൃ ുരന്താതീതം കലിതാശേഷം കലിദോഷഘ്നത്രയഗതിഹേതു പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദ ോവിന്ദം പരമാനന്ദം പരമാനന്ദ സിദ്ധാതൂ പതേ ഹര ഹര മഹാദേവ